ശരി ശരി ശരി ശരി എന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാ വലിയ സംസാന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റേ താരങ്ങളായി അനിത്യങ്ങളായി അത്ഭുതുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർദ്ധപുത്രം ഇത്രകളെത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ കാലക്ഷേപം ദുരിതം അർജിച്ചു പോവുകയല്ലോ ചെയ്യുന്നത് മനുഷ്യജന്മം എടുത്തായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കെ വയ്യുമ്പോളാം സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗദ്യ ലഭിച്ചമാക്കി കളയാതെ കണ്ടപോരവസരം സമയത്തെങ്കിൽ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഇതി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ട് വേണം അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായും അതിഭൗതികങ്ങളായും അതിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും സങ്കടങ്ങളെ ആ തന്നെ യഥാവലേ ദൂരത്തുങ്കൽ കളഞ്ഞ് ഗുഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പരലോകത്തുങ്കൽയായിരിക്കുന്ന മോക്ഷത്തെയും പ്രാർത്ഥിപ്പിക്ക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത് എന്നിരിക്കുന്ന രക്ഷയിങ്കൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ രാമചന്ദ്ര രാമചന്ദ്രൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ അരേ രാമചന്ദ്രനോ എന്തിനാകുന്നതോ ഇത്രയോടെ സംശയിക്കുന്നത് രഘുകുലാലങ്കാരഭൂതനായി ദശരഥപുത്രനായി ഭക്തവത്സരനായിരിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയത് കൊള്ളാം നല്ല ശിക്ഷ ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ദരുപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്നു വാസനക്ക് തീര ഗന്ധർവന് ശാപോക്ഷത്തെ പ്രധാനം ചെയ്ത് ശബരിക്ക് മോക്ഷം കൊടുത്ത് പമ്പാനദി അതിക്രമിച്ച് മല്യവാൻ പർവ്വതത്തിന്റെ തഴുവര പ്രദേശത്തുങ്കൽ ിയെ അന്വേഷിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന സമയത്തു പോകുന്ന സമയത്തുങ്ങൾ ശരീരം പാചാങ്കൂഷ്ടഛേദനം ചെയ്ത് ശ്രീവൻ ബാലിയേ യുദ്ധത്തിനായു കൊണ്ട് ആഹ്വാനം ചെയ്യു തരന്തരമത്രേ സ്രപതികടുതരേന ഭരത ശ്രൂയമാണേ കോധാധം ഭണു പ്രകടനയൂരം പ്രാകരാഹ പ്രദേ പ്രത്യർ വിധ്വംസന വിഹ്രീന സബരി പ്രദ വരതൂമാ ധരിഗ്രണ പരാക്രമശാലിയായിട്ടുള്ള ഒരാള് ലോകത്തിങ്കലില്ല അതിപരവാനായിട്ടുള്ള ആള് സകല ലോകങ്ങളും ബാലിയെ ഭയപ്പെട്ടു അങ്ങനെ ഉഗ്രപ്രതാപിയായിട്ട് അധിവസിച്ചു കൊണ്ടിരിക്കണതായ ആ ബലി സബാലി ആ ബലി ദ്വാരതാ ഗോപുരദ്വാരന്ന് ശ്രൂയമാണ് ഗോപുരത്വങ്ങൾ നിങ്ങൾ കേട്ടു ആ രാജധാരീല് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപുരദ്വാരത്തിൽ കേൾക്കണു ശബ്ദം അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം കേരള ശബ്ദം സുഗ്രീവന്റെ ഉഗ്രമായിട്ടുള്ള പ്രണാദം അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം ആ സുഗ്രീവന്റെ സിംഹനാഥം അത് കേൾക്കണു എന്താന്നാണെങ്കിൽ ഇങ്ങനൊരു ശബ്ദം ഇനി കേൾക്കേണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത് അനവധികാരമായിട്ട് സുഗ്രീവനെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചിട്ട് എത്ര കാലാണെന്ന് കളിക്കില്ല കുറെ കാലം അരി തന്റെ പ്രഹരം ഇങ്ങനെ കൊണ്ടിട്ട് ണ്ടായി ഓടിപ്പോയി മല്യവാംത്തിന്റെ ഒരു ഭാഗത്തെങ്കില് അവിടെ കഴിയണോ അവിടെ തന്നെ പേടിച്ചു കൊണ്ടാണ് കഴിയണത് അങ്ങനെയുള്ള ആ സുഗ്രീവന്റെ ഒരു ശബ്ദം ഇനി കേൾക്കേണ്ട വരില്ല എന്നാ വിചാരിച്ചിരുന്നു കാരണം ഇനി അവിടെ നിന്നും ഇവിടെ വരില്ല മലവാംപ്രവതത്തിന് തന്നെ ഇങ്ങോട്ട് കാരണം അങ്ങനെ പ്രാണഭയത്തോട് കൂടിയിട്ടാണ് പോയേക്കുന്നത് തൻ്റെ അടിയും ഇടിയും ഇങ്ങനെ കൊണ്ടത് സഹിക്കവയ്യാതെ കണ്ടായിട്ട് ഇപ്പ പ്രാണം പോവും എന്നുള്ള അവസ്ഥയായിട്ടാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തിയിരിക്കണത് എന്താ അവിടെ പോയിരിക്കാൻ കാരണം താൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന് ഓർപ്പുണ്ട് അവിടെ ചെന്നട്ടോ എവിടെയാ ഒരു ഗുഹയുടെ ഉള്ളിലാണ് പോയിരിക്കണത് കാണാൻ പോലും സാധ്യമല്ലാതെ ഉണ്ട് അവിടെ എവിടെയോ ഉണ്ടെന്നേ ഉള്ളൂ അന്വേഷിച്ച് അങ്ങോട്ട് പോവാൻ വൃത്തിയുണ്ടോ തനിക്ക് അങ്ങനെ കേറാന്ന് വൃത്തിയില്ല അങ്ങനെ അനവധി കാലമായി കഴിയണു ആ സുഗ്രീവന്റെ ശബ്ദാണ് കേട്ടത് ദ്വാരാ സൂര്യമാണ് എവിടെ കേൾക്കണു ഗോപുരദ്വാരത്തിൽ അവിടെന്ന കേക്കണത് എന്നാൽ എങ്ങനെയുള്ള ശബ്ദം സുഗ്രീവോ ഗ്രണാത് ായിട്ടുള്ള പ്രണാദല്ല പ്രണാദാണ് വലുതായിട്ടുള്ള ശബ്ദം ആ ശബ്ദോ ഉഗ്രമായിട്ടുള്ളത് ഭയങ്കരായിട്ടുള്ളത് ഗോപുരത്തിൽ കേക്കുമോ കേട്ടപ്പോ ആന്റെ ശബ്ദ ഈ കേക്കണത് ഈ കേക്കണത് ആരുടെ സിംഹമാതാ ആരുടെ ശബ്ദ തനിക്ക് നല്ല പോലെ രുചിയുണ്ടല്ലോ ഏ സുഗ്രീവന്റെ ശബ്ദം കേൾക്കാത്ത ആളല്ലേട്ടോ ഏർ ശബ്ദിക്കണത് സുഗ്രീവനല്ലേ ഈ കേട്ടേ സുഗ്രീവന്റെ ശബ്ദല്ലേ കേട്ടോ ആ കേട്ട സമയത്ത് എപ്പോഴാണോ ബാല്യു കേട്ടത് ആ സമയത്തെങ്കിൽ ക്രോധ അന്ധം ഭവിഷ്ണു ക്രോധം ആയിട്ട് അന്ധം ഭവിഷ്ണുവത്തിന്റെ അധിക കോപങ്ങൾ സഹിക്കുവൈ അവിടെ മനസ്സിലാകൊണ്ട് വർദ്ധിച്ചേ എന്നിട്ട് അന്ധനായിട്ട് തീർന്നു അന്ധം പറഞ്ഞാലോ കണ്ണ് കാണാത്ത ആള് ആണല്ലേ കണ്ണ് കാണാത്ത ആളാന്നല്ല ഒന്നും നിശ്ചയില്ലാണ്ടായിരുന്നു അതാണ് അന്ധനെപ്പോ ആയി തീർന്നു എന്ന് പറയാൻ കാരണം അന്ധനായി എന്താ ഒന്നും കാണില്ല അല്ലേ ഇപ്പൊ വന്നും കാണാണ്ടാവും അവിടെ യാതൊന്നും കാണാല്ലേ അങ്ങനെയുള്ള ഇരിക്കലും വല്ല പ്രയോജനം അതാണ് ഒന്നും കാണില്ല എന്ന് പറയാൻ കാരണം അല്ലേ അതേ അവസ്ഥയായിന്ന് താൻ ആരാണ് എന്താണ് തന്റെ സ്ഥിതി ആരാണ് ശബ്ദിക്കണത് ചിന്തിക്കുകയും തോന്നുന്നു അതാണ് അന്ധം ഭ അന്ധനായിട്ട് തീർന്നു എന്ന് പറയണോണ്ട് അത്രേ കോപം കൊണ്ട് വർദ്ധിച്ചു മനസ്സിലായി കോപം വർദ്ധിച്ചു എന്ന് മാത്രമല്ല കോപം വർധിച്ചത് പ്രകടമായിട്ടാ നല്ല പോലെ അങ്ങനെ പ്രകടിക്കുന്നുണ്ടെന്നു എന്താ കാരണം പ്രകടിതനയനാ പ്രകടിത നയനായി പ്രകടിതങ്ങളായ നയനങ്ങളോടുകൂടിയവനായി കണ്ണുകള് പ്രകടിതമായിരുന്നു ചാലോ നല്ല പോലെ കാണാറായിരുന്നു സാധാരണ ആളുടെ കാണു കണ്ണ് കാണില്ലേ ഞാതല്ലേ അത് അങ്ങനെയല്ല നല്ല പോലെ മൃഗം കാണാറായിന്ന് പറഞ്ഞ എന്താ സാധാരണ പോലെയല്ലാന്ന് സാധാരണ ഒരാളുടെ മോത്തേക്ക് നോക്കിയാൽ കണ്ണ് കാണാം അതുപോലെയല്ല മൃഗരക്ഷണായിന്ന് പോർത്തക്കാനൊരു തള്ളി കോപത്തിന്റെ ആധിക്യം കൊണ്ട് ആ ഭാര്യയുടെ കണ്ണുകള് ഓർത്തയ്ക്കാൻ തള്ളിട്ടുണ്ടാകുന്നു കൊമന്ന അതി അതി രൂക്ഷമായിട്ടായിട്ടുള്ള കണ്ണുകള് നിങ്ങക്ക് പുറത്തേക്ക് തള്ളി വന്നേക്കണു പ്രകടിതനു മാത്രല്ല കണ്ണുകൾക്ക് മാത്രല്ല പ്രകടിതനായ കരാളനായി ക്രൂരങ്ങളായിട്ടുള്ള ദംട്രകളെ കൊണ്ട് കരാളനായിട്ട് തീർന്നു അതിഭയങ്കരായിട്ട് ദമ്രകള് ആ കോപങ്ങിട്ട് വരുമ്പോ ഉണ്ടാവുന്ന ഭാവങ്ങൾ അതൊക്കെ കണ്ണ പുറത്തേ അങ്ങോട്ട് തള്ളുക കുരു അങ്ങനെ വളയല്ലുണ്ട് വിറയ്ക്കുക തുറങ്ങിട്ട് വരതുകൊണ്ട് പ്രകടമായിട്ടുള്ളതാ യുവാനരന്മാര് ഇങ്ങനെയുള്ള വർഗങ്ങളാവുമ്പോ ആ ദുട്ടർ അങ്ങനെ പുറത്തേക്ക് കടിക്കുന്നു ഇത് എങ്ങനെയുള്ളതാ അതിക്രൂരങ്ങളായിട്ടുള്ള മാത്രല്ല ശബ്ദം അതിഭയങ്കരായിട്ട് ശബ്ദം പുറം പിടിച്ചു അതെങ്ങനെയുള്ളതാ രോ അതിഭയങ്കരമായിട്ട് ശബ്ദം അതുകൊണ്ട് എങ്ങനെയാ ബിന്ദനാ ആകാശത്തൊക്കെ പുലർക്കുന്നുണ്ടോ അപ്പൊ എത്രത്തോളം ഭയങ്കരത ഉണ്ടെന്ന് വിചാരിച്ചോള ആകാശമാർഗം ഭേദിക്കണം എന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിന് എത്രമാത്രം ക്രൂരത ഉണ്ടെന്ന് വിചാരിയാ അതാണ് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദാണ് പുറപ്പെടണത് കോപത്തിന്റെ അധികൃം കൊണ്ട് എന്താ കാരണം സുഗ്രീവനോടുള്ള കോപം ആ കോപാണ് സുഗ്രീവന്റെ ശബ്ദം കേട്ട മാത്രയിൽ ഉണ്ടായത് മനസ്സിൽ കോപം അങ്ങനെ വർദ്ധിച്ചിട്ട് ഓർക്ക ഓർക്ക ഉറക്കം സിംഹനാദം അതിഭയങ്കരായിട്ട് ശബ്ദംകൾ ഇങ്ങനെ കടിക്കണോ കണ്ണിങ്ങനെ പുറത്തേക്കാനിട്ട് തള്ളിട്ടുണ്ട് എന്നിട്ട് ആ പ്രദേശത്ത് ഇരുന്നിരിക്കുന്ന എവിടെയാണോ ബാലി ഇരുന്നേറുന്നത് അവിടെന്ന ഉത്ഥാനം എടുക്കുന്നത് പുറപ്പെട്ടു ആണ് ഉദസ്ഥൽ ഞാൽ എങ്ങനെയുള്ള ആളാ ബാലി ഭാര്യയുടെ വിശേഷം എന്താ എന്നാണ് വിധ്വംസന വിഹൃതി നവീനം ഇങ്ങനെയുള്ള ആളാണ് പ്രത്യർശി പ്രത്യർത്ഥികളാവുന്ന ധ്വാതത്തിന്റെ വിധ്വംസനത്തിൽ നവീനനായിട്ടുള്ള അംശുമാലി ആയിട്ടുള്ള ശത്രു സമൂഹമാകുന്ന ഇരുട്ടിന്റെ കൂട്ടത്തെ നശിപ്പിക്കാനായിട്ട് പുതിയതായിട്ടുള്ള സൂര്യനാണോ എന്താ പുതിയ സൂര്യൻ പുതിയ സൂര്യന്ന് പറയുമ്പോ പഴയ സൂര്യൻ ഉണ്ട് ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ പുതിയ സൂര്യൻ പറയാൻ കാരണം സൂര്യനുണ്ടോ അതീ പുതിയതും പഴയതൊക്കെ എല്ലാത്തിനും ഉണ്ടാവും കുറച്ചു കാലം കഴിയുമ്പോ പഴയ പഴയതാവുമല്ലോ േട എങ്ങനെയാ പുതിയ സൂര്യന്ന എല്ലാവർക്കും പുതിയത് വേണ്ടു പഴയത് വേണ്ടവരാരെങ്കിലും ഉണ്ടോ ഇത് പഴയതാട്ടോ എന്നാ എനിക്ക് വേണ്ട ഇത് പുതിയതാണോ ഒന്നാ അവന്തില്ലാത്തതായിട്ടില്ല പുതിയതായ അവ എങ്ങനെയാ അല്ലേ അത് ഇതിന് എന്തായിരിക്കും അല്ലേ അല്ലേ ആ പഴയ ആദിത്യം വേണ്ട കേട്ടോ നീ ഈ പുതിയ ആരിത്യ മതി പറഞ്ഞു തുടങ്ങിട്ടോ പിന്നെ കാലപ്പഴക്കൊന്നുണ്ട് അങ്ങനല്ലേ നീ പുതിയ ആതിഥ്യാണെങ്കിൽ ആദിത്യന് പുതുമേം പഴമേ ഇല്ല ആദിത്യനും ഒന്നു തന്നെ ഉള്ളു ലോകമുണ്ടായ കാലത്ത് ഉണ്ടായേക്കണതാ ആദിത്യൻ ആദിത്യൻ എന്നാ ഇല്ലാണ്ടാവുക ലോകം ഇല്ലാണ്ടാവുമോ അല്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്ന് മാറണതല്ല ആദിത്യം അല്ലേ കുറേ ദിവസം കഴിയുമ്പോ ഒന്ന് മാറിക്കളയാ ാരെങ്കിലും പറയാറോ അതെ ആരോടാ പറയേണ്ട നിസ്സാദിത്യനോട് ഒന്ന് മാറി തരാൻ പറയാം പുതിയൊരാദിത്യൻ ഉണ്ട് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഏ ഇനി പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നാ എന്താ ഈ പുതിയ ആദിത്യം എന്ന് പറഞ്ഞാൽ പുതിയ ആദിത്യൻ പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിക്കുന്നതായിട്ടുള്ള ആദിത്യൻ അങ്ങനെ ഉദിക്കുമ്പോൾ ആദിത്യം പിറ്റേ ദിവസം ആ ആദിത്യനങ്ങൾ ഉദിക്കണ സമയത്ത് ഏ പുതിയതാന്നാ തോന്നാം ഇത്രേം കാലം പഴയതാണ് എന്ന് ആർക്കെങ്കിലും തോന്നിട്ടുണ്ടോ ഓ ഏതെങ്കിലും ഒരാൾക്ക് പഴയതാണ് ഒന്ന് പറയാറുണ്ടോ അതെ ആ പഴയതൊക്കെ ഒന്നും മാറ്റാറായി കേട്ടോ സമയത്താണ് നവീനാം സുമാരീ പുതിയതായിട്ടുള്ള ആദിത്യെന്ന് പറയാൻ കഷണം എന്തത് എന്നാണെങ്കിൽ ശത്രുക്കളാവുന്ന ഇരുട്ടിന്റെ കൂട്ടത്തെ നശിപ്പിക്കാൻ വൈഭവത്തോട് കൂടിയത് ആള് എന്ന് പറയാൻ കാരണം എന്താ എന്നാണെങ്കിൽ ശത്രു സംഹാരത്തിൽ ഇത്രത്താത്രം വൈഭവുണ്ടായിട്ട് ഒരാളില്ല ആദിത്യൻ എങ്ങനെയാണോ ഇരിട്ടിന്റെ കൂട്ടത്തെ നശിപ്പിക്കണത് അതുപോലെയാണ് എന്തായാലും ആദിത്യന് വല്ല പ്രയത്നം ഇരിട്ടിന്റെ കൂട്ടത്തെ ഇല്ല ഉണ്ടാക്കാൻ ഇരിട്ടിന്റെ എന്തത് ആദിത്യൻ അസ്തമിച്ചാൽ എല്ലാ ലിക്കലും ഇരുട്ട് വ്യാപിക്കും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ തുടങ്ങിയിട്ട് കുറക്കാലായി അപ്പം ആ ഇരുട്ടുകൾക്ക് എല്ലാം കൂടിയിട്ടൊന്നും ആലോചിച്ചു അതെ നമ്മൾ എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരാളെ കണ്ടാൽ അങ്ങോട്ട് പേടിച്ചു കൊടുക്കുക അല്ലേ ആദിത്യനാണ് വന്നാൽ പാപ്പം കൊള്ളന്ന പിന്നോ ആൾ പോയിട്ട് ഇങ്ങോട്ട് വരാനും നമുക്കൊരു കാര്യം ചെയ്യാം എന്താ നമുക്ക് ഒന്നിച്ചു കൂടുക എന്നിട്ട് ആ ഇരുട്ടുകളെല്ലാം ഒന്നിച്ചു കൂടുക എന്നിട്ട് എന്താ ചെയ്യുക ആദിത്യൻ ഉദിച്ചാലല്ലേ വിഷമുള്ളൂ ആദ്യത്തിനെ കൂടെ കുതിക്കാനോ വരത്തരുത് ഇതല്ല എല്ലാവരും കൂടി അവിടെ പോയങ്ങൾ നിൽക്കുകയെ കണ്ട് അവിടെ പോയിക്കാൻ നമ്മുക്കങ്ങനെയാണല്ലോ ചെയ്യാം അല്ലേ എന്തെങ്കിലും ഒരു വിഷയത്തിന് വിരോധം ഉണ്ടെങ്കിൽ എവിടേക്കാണോ അവിടേക്ക് എല്ലാവരും കൂടി ഈ ഇരുട്ടെല്ലാം കൂടി ഒന്നിച്ചുകൂടി ആദ്യത്തിന് ഉദിക്കാൻ ഭാവിക്കുമ്പോ അവിടെ ചെന്ന ആ മാർഗതായിട്ട് അവിടെ നിൽക്കാം ഇനി ഒരു കാര്യം എത്ര കാലം പേടിച്ചു കഴിഞ്ഞില്ലേ ഇനി പേടിക്കാൻ സാധ്യല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെല്ല അല്ലേ അങ്ങനെ ചെന്നാലോ ചെന്നാ എന്താ കേട്ടാ അല്ലേ വല്ല വിഷമമുണ്ടോ ആദ്യത്തന്നെ ആ വീട്ടിനെ ഇല്ലാണ്ടാക്കാൻ ഒരു പ്രയത്നവും വേണ്ട ആദ്യത്തന്നെ ഒരു പ്രയത്നവും ചെയ്യാറില്ല ഇവിടെ ഒഴിച്ചതുകൊണ്ട് വിളിച്ചാലോ അപ്പൊ ഇല്ലാണ്ടാവും അല്ലാണ്ട് ആരെങ്കിലും പറയാറുണ്ടോ ഓ അറേ ഇന്ന് വല്ലാണ്ട് പ്രയത്നിച്ചണ്ടോ വല്ലാണ്ട് കഠിനായിട്ട് പ്രയത്നിക്കേണ്ടതെന്നും അത്ര ഇഷ്ടായിരുന്നു ആ ഇഷ്ടമൊക്കെ ഇന്ത്യൻ വല്ലാണ്ട് ക്ലേശിച്ചു എന്ന് പറയാറുണ്ടാരെങ്കിലും ആദിത്യ ഒരു ക്ലേശവും ഇല്ല അതുപോലെ തന്നെയാണ് ഈ ബാലിക്കും എത്ര ഭയങ്കരന്മാരായിക്കോട്ടെ എത്ര ഉണ്ടായിക്കോട്ടെ അവര് എതിർക്കാനായിക്കൊണ്ട് അവരെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് അതാണ് ഈ ആദിത്യൻ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കണോ അതേപോലെ തന്നെ ശത്രുക്കളെ കൂടിയും സംഹരിക്കാനായിട്ട് വൈഭവത്തോട് കൂടിയിട്ടുള്ള ആളാണ് ആ ബരി ഈ സുഗ്രീവന്റെ സിംഹനാഥ അങ്ങനെ കേട്ടപ്പോ ആ ഇരുന്ന ലിറ്റി എന്നിട്ട് പുറപ്പെട്ടു നേരെ ഗോപുരദ്വാരത്തിനാൻ കിടിച്ചിരുന്നു ഓർക്ക സിംഹാനാജവും ചെയ്തുകൊണ്ട് അതിഭയങ്കരായിട്ട് ശബ്ദങ്ങൾ പുറപ്പെടിച്ചുകൊണ്ട് ഗോപുരത്തിലേക്ക് ചാരി കിടിച്ചിരുന്നു ചെല്ലണതോടു കൂടിട്ട് അതിഭയങ്കരായിട്ട് യുദ്ധം കൂടെ ആരംഭിച്ചു സുഗ്രീവൻ ഇവിടെ കാത്തുകൊണ്ട് നിൽക്കുകയാണല്ലോ ഭാര്യ ഇങ്ങനെ വന്നിട്ട് വേണം യുദ്ധം തുടങ്ങാന്നാണ് വന്നു യുദ്ധം കൂടെ തുടങ്ങി യുദ്ധമാരും യുദ്ധമാവിടെ ആരംഭിച്ചു ആ പന്നതോടു കൂടി തയോ അവര് തമ്മില് അങ്ങനെയുള്ള ആളുകൾ അപ്രകാരം വൈഭവത്തോട് കൂടിയിട്ടുള്ള ബാലി സുഗ്രീവന്മാര് എന്താ കാരണം പരാക്രമശാലികളാ രണ്ടാളും ആരാരനുസര്യ അങ്ങനെ വളരെ വൈഭവത്തോട് കൂടിയിട്ടുള്ള അവര് തമ്മില് യുദ്ധം കൊണ്ട് തുടങ്ങി എന്നാൽ ആ യുദ്ധം എങ്ങനെയുള്ളതാ തുടങ്ങിയപ്പോ എങ്ങനെയാ സാധാരണ തുടങ്ങുമ്പോ എങ്ങനെയാ സാവധാനത്തിൽ അല്ലേ എന്നൊക്കെ അവിടെ നിന്ന് അങ്ങനെ കയറി കയറി കയറി വരിക ചെയ്യാൻ അങ്ങനല്ലേ സാധാരണ അല്ലേ ഇവിടെ അങ്ങനെയല്ല തുടങ്ങിയപ്പോ തന്നെ അങ്ങനെയാ ഘോരം യുദ്ധം ഘോരമായിട്ടതാണോ അതിഭയങ്കരായിട്ടുള്ള യുദ്ധം തുടങ്ങി തന്നെ അങ്ങനെയുള്ള യുദ്ധം അങ്ങോട്ടാ തുടങ്ങി അങ്ങനെ എങ്ങനെയുള്ളതാ ആ യുദ്ധത്തിന്റെ സ്വഭാവം എന്താ എന്നാ എങ്കിൽ ശൈലാ ശൈലി ശൈലാ ശൈലിയാണ് പർവ്വതം കൊണ്ട് പർവ്വതായിട്ട് അതുപോലെ തലാ തലി തലം കൊണ്ട് കൈന്റെ തലം ചാടിയൊടങ്ങി തന്നെ ബാലി ഗോപുരത്തെ അങ്ങോട്ട് സുഗ്രീവൻ അവിടെ നിൽക്കണ കണ്ടോ വയ്യം കയ്യങ്ങട്ട് തിരുമ്മിക്കൊണ്ടാണ് ചലണത് തന്നെ വിടന്നോട്ട് ചാടിയിട്ട് സുഗ്രീവന്റെ തന്നെ അതേപോലെ തന്നെ സുഗ്രീവൻ ഇംഗിടും അങ്ങനെയാ ഇങ്ങനെ യുദ്ധം ഇങ്ങോട്ട് തുടങ്ങി രണ്ടുപേരും തമ്മിൽ കൈകളെ കൊണ്ടിടിക്കുക മുട്ടി ചുരുട്ടി ഇടിക്ക കയ്യുകൊണ്ടടിക്കുക ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി കാലുകൊണ്ട് ചവിട്ടുക ഇന്നില്ലേ ഇങ്ങനെ പലതരത്തിലും അതാണ് രണ്ടുപേരും തമ്മിൽ അതിഭയങ്കരായിട്ടുള്ള യുദ്ധം നമ്മള് തോന്നി എന്നാൽ എങ്ങനെയാ സന്ത്രാസകാരി ജഗതാം ജഗത്തുകൾക്ക് സന്ത്രാസഹകാരിതാണ് ഇവർക്ക് രണ്ടുപേർക്കും ബഹുസാഹായിട്ടാണ് യുദ്ധം ചെയ്യണത് പക്ഷേ ഇവിടെ ജഗതാം ലോകത്തിലുള്ള ആളുകൾ സാധാരണ ആളുകളില്ലേ അവർക്കൊക്കെ തന്നെ സന്ത്രാസകാരി ഭാര്യ ഉണ്ടാക്കുന്നുണ്ട് എന്താ സംഭവിക്കാവോ എന്താ എന്തൊക്കെ ഉണ്ടാവോ ആർക്കൊക്കെ ആപത്ത് വരാവോ എന്താ എന്നാണ് എന്നാൽ അവര് തമ്മിലെല്ലാം യുദ്ധം ചെയ്യണേ എന്താ പേടി എന്ന് വിചാരിച്ചാ പോലെ അതുകൊണ്ടായില്ല ലോകത്തിലെ മഹാജമന്മാരായിട്ടുള്ള ആളുകള് എവിടെങ്കിലും യുദ്ധം തുടങ്ങിയാൽ സകല ആൾക്കും ഭയല്ലേ ഇവിടെ ഒന്നും കേറില്ല എവിടെ ഉണ്ട് യുദ്ധം എവിടെ അയ്യോ എന്താ അവിടെന്നാ വലുതെ അവര് ചെയ്തോണ അനുഭവിക്കാൻ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ വെറുതെ ഇരിക്കണവർക്ക് അനുഭവിക്കേണ്ടവരും അങ്ങനല്ലേ യുദ്ധം തുടങ്ങിയിട്ട് ദണ്ഡിക്കണത് ആരാ എങ്ങനെയുള്ള ആളുകളാ യുദ്ധം ചെയ്യണവരെ ചെയ്യണവരും ജയിപ്പിക്കണവരൊന്നും അല്ല പിന്നെയോ സ്വസ്ഥായിട്ടിരിക്കുന്ന ആളുകളാ വെറുതെ ഇരിക്കണവരല്ലേ ക്ലേശിക്കണത് ഇവര് പ്രയോഗിക്കണതായിട്ടുള്ള എന്തെങ്കിലും വലിയ വലിയ പർവ്വതങ്ങളോ വലിയ വൃക്ഷങ്ങളോ എന്തെങ്കിലും എടുത്ത് പ്രഹരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് അവനവന്റെ ശരീരത്തിൽ ബാധിക്കാണ്ടിരിക്കാനുള്ള മാർഗം ഉണ്ട് ഇല്ലേ അത് അവരുടെ എവിടെ വന്ന് വീഴുക വീണാലോ അവിടെ ഉള്ളതൊക്കെ നശിക്കും സാധാരണ ചെറിയ ഒന്നല്ലടുത്ത് പ്രയോഗിക്കണത് പർവ്വതം പോലുള്ള സാധനങ്ങളടുത്ത് അവിടെ പ്രയോഗിക്കുന്നത് അയ്യോ ഇവിടയ്ക്ക് വീണാലോ ഇത് അറിയണല്ല സ്വസ്ഥായിട്ട് എവിടെയെങ്കിലും കഴിയുക അപ്പോഴാണേ മനസ്സിൽ തീരുന്നോളൂട്ടോ എന്താ യുദ്ധം തുടങ്ങിയിട്ട് എവിടെയന്തയില് ആരാ ഭാര്യ സുഗ്രീവനും അതെയോ എന്താ എന്താ എന്തിനാ പേടിയണേ എല്ലാം അവിടെ നിന്ന് വല്ലതും പ്രയോഗിച്ചു വരുവെന്നാ പേടി ജഗതാം കേക്കണവർക്ക് കേക്കണവർ അറിയണവർക്കൊക്കെ തന്നെ ഭയാണ് എന്താണ്ടാവോ എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിധങ്ങൾ തോന്നി എന്നാൽ ആ രണ്ടുപേരുടെ അവസ്ഥ എന്താ സാധാരണ ജനങ്ങളൊക്കെ ഭയപ്പെടുന്നുണ്ട് ഇവരോ ബാലിസുഗ്രീവന്മാരുടെ കഥ എന്താ അവരെങ്ങനെയാ എന്നാണെങ്കിൽ ബഹുമണ്ഡലൗ ഹസന്തൗഹരന്തരേപതി അവരെ രണത്തെങ്കൽ വിഹൃതിയെ ചെയ്തു രണ്ടാളും യുദ്ധം തുടങ്ങിയല്ലോ ആ യുദ്ധത്തിലെ വിഹൃതി വിഹൃതി എന്ന് പറഞ്ഞാൽ കളി കളി കളിക്കുക രണ്ടാളും രണ്ടാളും കൂടി കളി തുടങ്ങി താൻ ആദ്യം എന്താ പറഞ്ഞ യുദ്ധം തുടങ്ങി പറഞ്ഞേ അതാ യുദ്ധം തുടങ്ങി ഇപ്പൊ എന്താ പറഞ്ഞേ കളി തുടങ്ങി രണ്ടുപേരും എന്താ ബന്ധം കളിയും യുദ്ധവും പോലെയാ അത് അങ്ങനെ ആരും പറയാറുണ്ടല്ലോ അല്ലേ കളി എന്ന് പറഞ്ഞാ എല്ലാവർക്കും കാണാൻ മോഹമുള്ളതാണ് അല്ലേ എവിടെങ്കിലും അത് യുദ്ധം കാണാൻ പോകുന്നോ ഏ ണ്ടോ കളി എന്നാ നമ്മൾ കാണാൻ പോവാ എന്ന് പറയാറുണ്ട് ഇല്ലേ ഇപ്പൊ എന്താ ഇപ്പൊ ഇവിടെ എന്താണേ വിഹൃതി കളി തുടങ്ങിയ തുടങ്ങിയത് യുദ്ധ പിന്നെ കളിയായിട്ട് മാറിയ എന്നാ പിന്നെ ഇതൊക്കെ വേണോ ഏ ആരെങ്കിലും ഇത് സാധാരണ എല്ലാവർക്കും ഭയം യുദ്ധം അല്ലേ കളി എന്ന് പറഞ്ഞാലും എല്ലാവർക്കും സന്തോഷം കളി ചേട്ടാ കളി ഉണ്ട് അതെയോ ഞാൻ കളി കാണാൻ പോവ അങ്ങനെയല്ലേ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം മനസ്സി തോന്നും അവിടെ കളിക്കുക എന്നാ തോന്ന എന്താ എന്താ ബഹുമണ്ടാരി ബഹുമണ്ടലചാരികളാ ബഹുവായിട്ടുള്ള മണ്ഡലചാരികൾ വട്ടത്തില് കളിയിലെ ഓട്ടേ അല്ലാണ്ട് ഇങ്ങനെ വെറുതെ നന്നാ മതിയോ ഇയാളുടെ ഓടണ കൊണ്ടാണ് കാണാതെ അല്ലേ ഈ ഓർണത് കാണാം എന്തിനാ ഓടണെന്ന് വെച്ചാൽ ഓട കാണാം എത്ര ആളുകളാ ഓടണ കാണാതിരിക്കണുണ്ടോ അവിടേക്ക് വന്നാലോ അനവധി കണ്ടുകൊണ്ടിരിക്കണ്ടോ ഓർണത് അല്ലേ അങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുക എന്തിനെ കാണാൻ ഓടണ കണ്ടിട്ട് എന്താ കാര്യം വെച്ചാൽ എങ്കിലും കണ്ടിരിക്കാണാൻ എല്ലാവർക്കും ഒരു കൗതുക ഇതെങ്ങനെയാ ബഹു അനവധി ഓടണത് ബഹു മണ്ഡല ഓട്ടത്തിൽ ഇങ്ങനെ അല്ലേ അപ്പോ അതാണ് കളിയുടെ ഭാഗമാണ് കളിക്കുന്നു അങ്കട ഓടുന്നു ഇങ്ങടോ ഓടുന്നു ഇങ്ങനെ വട്ടത്തിൽ അങ്ങട ഓടുന്നുണ്ട് കഴിഞ്ഞാലോ ഇടയ്ക്ക് ഹസാന്തൗ ചുരുക്കനാണല്ലേ ഈ ഓടങ്ങനെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കൈ ഒട്ടി ചെറുക്കനാണോ കളീതിൻ്റെ ചുരുക്കൽ അല്ലേ കളിക്കണം അല്ലേ അവർ കളിക്കണം ഹസാന്തൗക്കിങ്ങനെ ചുരുക്കനാണോ എന്തിനാ ചിരിക്കണേന്ന് ചിരിക്കണ കാണാണ്ട് ചിരിക്കണ കണ്ടാലോ കാണോക്കും ഇരിക്കാം അതിന് വിരോഹമൊന്നുമില്ല അല്ലേതൗ പിന്നെയോ പുനരന്താരേതന്താണ് അല്ലേ ഏതെല്ലാം തരത്തിലുള്ള വീഴ്ചകളാ നിശ്ചയി ഇങ്ങനെ വീഴണോ വീഴണ കണ്ടാല് പക്ഷെ അങ്ങനെ വീഴുണ്ട് കരിയുടെ ഭാഗമാണത് പുനരഅരേ ഇടയ്ക്കിടയ്ക്കുണ്ട് മറിഞ്ഞു ഇങ്ങനെ വീഴാ ഇങ്ങനെയാണ് കളിക്കണത് അപ്പോ കളിക്കുകയാണ് പുനരന്തേന്ത അതുപോലെ തന്നെ നമനോ നമനോന്നമനങ്ങൾ ചില നമനവും ഉന്നമനവും നമനം എന്ന് പറഞ്ഞാൽ താഴെ കീഴ്പൂട്ടങ്ങട് താഴെ ഭൂമി വരെ ഇങ്ങനെ താഴെ പിന്നെയോ ഉന്നമനം മേപ്പൂട്ട് ചാഴ ഇത് രണ്ടും ഉണ്ട് കളിയിൽ ഇല്ലേ ചിലപ്പോൾ ഇങ്ങോട്ട് താഴെ കാണാൻ കീഴ്പോട്ട് ചിലപ്പോഴോ ഈ ചാടന ചാഴനാണോ മേപ്പടങ്ക രണ്ടും ഉണ്ട് ഇവിടെ എന്തിനാ ഈ താഴെ പോകുന്നത് എന്തിനാന്നല്ലേ പ്രകൃതി നിരർഥ പ്രകൃതിയെ നിരർഥയത്തുകളായിട്ടാ പ്രകൃതി പ്രഹരം മറ്റൊരുത്തൻ തന്നെ അടിക്കാനാ ഇടിക്കാനോ എന്തിനാ ചാടി വരിക കൈയ്യൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് ചാടിയൊക്കെ ഇട്ട് വരുമ്പോ ആ പ്രഹരം കൊള്ളാണ്ടിരിക്കാൻ എന്ത് വേണം ഒന്നുകൊഴിപ്പൊട്ടം അങ്ങോട്ട് താഴണം കീഴ്പോട്ട് താഴ്ന്നാ ഉണ്ടാവുക ഇടിയോ അടിയോ വെറുതെ എടുത്തിരുന്നു അതെ അതല്ലെങ്കിലോ മേപ്പോട്ടം ചാടുക ഒന്നൂലോ കീഴ്പോട്ട് താഴ മേപ്പോട്ട് ചാടാ അതല്ലെങ്കിലോ ഒരു ഭാഗത്തേക്ക് ചാടുക അങ്ങടും ചാടിയാലും ഒരു ദിവസം ഈ പ്രഹരം തന്റെ ശരീരത്തിന് കൊള്ളാതെണ്ടിക്കണം അതിന് എന്താ ചെയ്യണ്ടേ അത് ചെയ്യ കാണാനുള്ള അതും കളിക്കണേന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഒരു പ്രഹൃതിയും കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ അങ്ങനെ രണ്ടാളും ഓടുന്നുണ്ട് ഇത ഓടണത് ഉരുച്ചനെ ഓടിച്ച് പിന്നാലെ ചെന്ന പിടിച്ച ഈട്ടിക്കണം അല്ലെ ഇടി കൊള്ളാണ്ടിരിക്കാനാണ് ഓടുന്നത് അങ്കടോടുക ഇങ്ങോട്ടോടുക ഇങ്ങോട്ട ഓടുമ്പോ അങ്കട ഓടുക പിന്നിട്ട് ആളെ കൈയ്യപ്പെടാണ്ടിരിക്കാൻ ഇങ്ങോട്ട് മാറിയാലാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്കിട് കിടന്ന് ഓടും അങ്ങനെയാണ് ഓടുന്നത് ഒരു പുറത്തേക്ക് മാത്രമല്ല ഓർണത് അത് കഴിയുമ്പോഴാവും ഓർക്ക ചുറിക്കുക ഏ ചുറുക്കിനുണ്ടാവും മറിഞ്ഞ് വീടിനുണ്ടാവും ചിലപ്പോ ഇടി കൊണ്ടോ അടി കൊണ്ടോ മറിഞ്ഞ് വീടിനുണ്ടാവും ഈ ചാടിനുണ്ടല്ലോ പ്രഹരം കൊള്ളാണ്ടിരിക്കാൻ മേപ്പോട്ട് ഇത് പിന്നിട്ട് സാധാരണ നമ്മൾ യുദ്ധം കാണാനായിട്ടാ വന്ന അല്ലേ ഇത് വട്ടത്തിലൂടി കളിച്ചോണ്ടിരിക്കുക എന്നാ തോന്നുക പക്ഷേ അതിഭയങ്കരായുള്ള യുദ്ധം അതിക്രൂരമായുള്ള യുദ്ധം കണക്കല്ലേ ഓരോരുത്തർക്കും രംഗം എന്താ വിചാരം ഭാര്യയുടെ വിചാരം എന്താ സുഗ്രീവനെ ഒരു ഇട്ടിയാൽ അസോടി കൂടി അവന്റെ കഥ കഴിക്കണം ഇനി ഇത് വരാനാടാ വരരുത് എന്ന് വിചാരിച്ചും കൊണ്ടാണ് പിന്നാലെ ഓടിച്ചെന്ന് പ്രഹരിക്കണത് പ്രഹരിക്കുമ്പോൾ പ്രഹരം കൊള്ളാണ്ടിരിക്കാനാണ് സുഗ്രീവനെ അങ്ങട് മാറണത് അതിനിടയ്ക്കാണ് ജേഷനെ അങ്ങട് പ്രഹരിക്കുന്നത് ഇങ്ങനെയാ ഇങ്ങനെ രണ്ടു പേരും തമ്മില് അതിഭയങ്കരായിട്ടുള്ള യുദ്ധം അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ നിഷ്രാത്തെ പുതിേണസ പ്രണേ സമരേ തക്രമയോർവിശേഷൻ ക്ഷണംവൃതം െ നിഗ്രഹിക്കാൻ സന്നദ്ധനായി അരേ തലയൊക്കെ മുറക്കി വില്ല് ഞാന് കൂട്ടിക്കെട്ടി ആ വില്ല് കയ്യിൽ പിടിച്ച് ഒരു ശരവും കയ്യിലെടുത്ത് ബാലിയുടെ നേരെ പ്രയോഗിക്കാൻ സന്നദ്ധനായിട്ടാണ് നിക്കുന്നത് യുദ്ധങ്ങൾ തുടങ്ങി അധികം താമസിക്കാതെ കണ്ട് ബാലിയുടെ നേരെ ശരം പ്രയോഗിക്കണം എന്ന് വിചാരിച്ചും കൊണ്ടാണ് നിക്കുന്നത് സുഗ്രീവൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് സ്വാമി അടിയന് ജേഷ്ഠന്റെ നേരെ അധികം നേരമൊന്നും യുദ്ധം ചെയ്യാനുള്ള കുറച്ച് നേരേ ഉള്ളൂ പ്രഹരങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ അടിയൻ ക്ഷണം കൊണ്ട് ക്ഷീണിതനാകും അതിനുള്ള വൈഭവൊന്നുമില്ലാ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ോ ഭഗവാനും കാത്തുകൊണ്ട് നിൽക്കുക വലിയ താമസം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കാത്തും കൊണ്ട് നിൽക്കുന്നു ആ സമയത്താണ് വനരചക്രവർത്തിയായിട്ടുള്ള ബലി നിർഗത്യാ നിർഗമിച്ചു ആ കൃഷ്ണീൻ രാജയുടെ ഏഹ് ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഇങ്ങോട്ട് വന്നു ഓഹോ എങ്ങനെയുള്ള ആളാ ബലോ ബലോ ബലം കൊണ്ട് ഉത്സിക്കനാണ് അഹങ്കൃതനായിട്ടുള്ള ആളാ തന്റെ പരാക്രമം കൊണ്ട് അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള ആളാണ് ബലി എന്തിനും ധരിക്കുകണ്ട് വൈഭവുണ്ട് എന്നല്ല ഉറപ്പുണ്ട് അങ്ങനെയുള്ള ബാലി ആ അന്ന് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് രാജധാനിയുടെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഇങ്ങോട്ട് വന്നുല്ലോ വന്നു തന്നെയല്ല ഭരണതോടു കൂടി യുദ്ധം തുടങ്ങിയത് സമാരഭ്യമാണ് സമരേ സുഗ്രീവനം തമ്മില് യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആ കൃഷ്ചിന്ധയുടെ ഉള്ളിൽ നിന്ന് ഗോപുരത്ത് നിങ്ങൾ ചാടി അങ്ങോട്ട് വന്നു അതിഭയങ്കരായിട്ടുള്ള യുദ്ധം അങ്ങോട്ട് തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോ ഭഗവാൻ നിമിഷ ആ യുദ്ധം കണ്ടുകൊണ്ട് നിന്നു എന്താ കാരണം യുദ്ധം രണ്ടാളുടെ യുദ്ധം ഭാര്യയുടെ പ്രയോഗം അതിഭയങ്കരായിട്ടുള്ളതാണ് സുഗ്രീവനും അതുപോലെ ഞാൻ ഒട്ടും കുറവല്ല ഭാര്യ അങ്ങനെ അങ്ങോട്ട് പ്രയോ പ്രഹരിക്കണോ അതേപോലെ അങ്ങോട്ടാണ് പ്രഹരിക്കണത് ആ യുദ്ധത്തിന്റെ ഒരു കൗതല്ലേ അത് കണ്ടും കൊണ്ട് ആ ഭഗവാനും നിമിഷ നേരം അതിൽ കണ്ടു ലയിച്ചുകൊണ്ട് അവിടെ നിന്ന് യുദ്ധം ഇങ്ങനെ ബലശാലികളായിട്ട് ഇല്ല ലോകത്തില് അതിഭയങ്കരന്മാര് അങ്ങനെ നിമിഷ നേരം ഉണ്ടായുള്ളു അങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കഴിഞ്ഞപ്പോഴാണ് സുഗ്രീപം പറഞ്ഞ ഓർമ്മ വന്നത് എന്താ കാരണം അധിക നേരം ഒന്നും സദ്യ അല്ല കുറച്ചു നേരേ അടിയനെ കൊണ്ടാവുള്ളൂ അവിടെ ഒന്ന് വേഗം ദക്ഷനെ നിഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ സുഗ്രീവൻ ഇപ്പൊരീതനാവൂലോ അതിനു മുമ്പ് ശരം പ്രയോഗിക്കണം എന്ന് നിശ്ചയിച്ചു എന്നിട്ട് ആ ശരം ഞാനും അങ്ങോട്ട് തൊടുക്കുക നിശ്ചയിച്ചു തൊടുക്കാൻ നിശ്ചയിച്ച് അങ്ങനെ നോക്കി നോക്കി ഇപ്പോഴെന്താ തയോ സമാനാധാര വിക്രമയോ വിശേഷം അവരുടെ ഭാര്യയും സുഗ്രീവനും രണ്ടാളെയും മനസ്സിലാക്കണ്ടേ ഇവിടെ വന്ന് സുഗ്രീവൻ തന്റെ അടുക്ക വന്ന് തന്നെ നമസ്കരിച്ച് ഭാര്യയുടെ നേരെ യുദ്ധത്തിന് പോകുന്നവരെ സുഗ്രീവനെ നല്ലോണം അറിയാം ഭാര്യ ഗോപുരത്മാർ ചാടി വരുമ്പോ ഭാര്യയും കണ്ടു യുദ്ധങ്ങൾ തുടങ്ങിയപ്പോഴാണ് വേദാബാലി ഏതാ സുഗ്രീവര്യാതൊക്കെ ഉണ്ടായി എങ്ങനെയപ്പ മനസ്സിലാക്കാ പോണം തയോഹോ അവര് രണ്ടുപേരുടെ ശ്രദ്ധിയങ്ങനെയാണ് സമാന ആകാര വിക്രമയോ സമാനമായിട്ടുള്ള ആകാര ആകൃതി രണ്ടാമത് ഒരുപോലെയാണ് ഒരു മാറ്റം പറ്റിയ പിന്നോ ആകൃതി ഒരുപോലെയാണ് എന്നാ പ്രവൃത്തി കൊണ്ട് നോക്കാമെന്ന് യുദ്ധം ചെയ്യണ സമ്പ്രദായം അതുകൊണ്ട് മാറ്റം നോക്കിയപ്പോ സമാന ആകാര വിക്രമയോ പരാക്രമോ ഒരു പോലെയാണ് യുദ്ധം ചെയ്യണ സമ്പ്രദായം രണ്ടാളുടെ ഒരുപോലെയാണ് ഇപ്പൊ ആരാ ഭാര്യ ഏതാ സുഗ്രീവൻ ശരം കയ്യിലുണ്ട് ഞാൻ വലിയ ഞാനും കൂട്ടി കെട്ടു വീണുണ്ട് അവിടെ തൊടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക വേണ്ടു ി ആരാ സുഗ്രീവെന്ന് മനസ്സിലാവണ്ടേപ്പോ ഇവിടെ നോക്കുമ്പോ ഇതാണോ ബാലി ഇതാ തോന്നോ ലാതാ ബാലിതാ ഏതാ സുഗ്രീവൻ സുഗ്രീവൻ ഏതാ ഇതാ സുഗ്രീവൻ തോന്നുന്നുണ്ട് ഇപ്പൊ നോക്കും ഇതായിരിക്കും സുഗ്രീവൻ ആകൃതി കൊണ്ട് ഒരുപോലെയാ പ്രകൃതി നോക്കുമ്പോഴോ പരാക്രമം നോക്കുമ്പോഴോ ആരും എന്താ വേണ്ടേ എന്തു വേണം സമാനമാവിടെ അവഗൻ സംശയാരൂ മനസ്സിലാധേ ആകാതെ ഉണ്ട് സംശയാല് വീ എന്നാൽ ശാരം നമ്മൾ പ്രയോഗിച്ചുകൂടെ ഒരാളുടെ നേരെ ഏതാണ്ട് ഇന്ന ആളാണ് ബാലി എന്ന് ഓർപ്പിച്ച് നമ്മൾ പ്രയോഗിച്ചുകൂടെ എന്നാണെങ്കിൽ അങ്ങനെ പ്രയോഗിച്ച അർത്ഥമായാലോ ഏ ബാല്യാണ് വിചാരിച്ച ശാരം നമ്മൾ പ്രയോഗിച്ചു കൊള്ളണ സുഗ്രീവന്റെ നേരെയായാലോ ഇതിലധികം പറയാണ്ടോ ഏ ആളുടെ എന്താ പറയാ ഇതിലധികം തഞ്ഞൂര് കൊള്ളരതായ്മ ഉണ്ടാവില്ല അത് ബാലിയുടെ നേരെ തന്നെ പ്രയോഗിക്കണം േദാബ് മനസ്സിലാവൂല എന്താ വേണ്ടത് നിശ്ചര്യാദ ആരുടെ നേരെയാ പ്രയോഗിക്കേണ്ട ഇത് ഏതാ ബാലി ഏതാ സുഗ്രീവൻ നിശ്ചര്യാതയെ കണ്ട് സംശയാലൂ സംശയിച്ചു കൊണ്ട് ക്ഷണം ക്ഷേരം കുറച്ചുനേരം നിഭൃതമാകും വണ്ണം നിന്നു നിശ്ചലമായിട്ട് എന്താ ചെയ്യണ്ടേ നിശ്ചര്യാദ കണ്ട് എവിടക്ക് ശരം പ്രയോഗിക്കണം ആരുടെ നേരെയാ പ്രയോഗിക്കണ്ടേ എവിടക്കെയാ പ്രയോഗിക്കണ്ടേക്കുണ്ട് മനസിലാക്കാത്തിട്ടാ നല്ലോണം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടാവാം സുഗ്രീവൻ ഇന്നതാണ് ബാലി ഇന്ന ആളാണ് എന്നുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മനസ് കൊണ്ട് ഭഗവാൻ സംശയിച്ചു കൊണ്ട് സമയത്തെങ്കില് അമുക്തവിശിഖേത പ്രബലതര ബാലിമുജ പുരുഷ പ്രഹാരമ പലയത ോട് യുദ്ധം ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പുറത്തങ്ങൾ കഴിഞ്ഞപ്പോ ജ്യേഷ്ഠന്റെ പ്രഹരങ്ങനെ കൊണ്ടു കൊടുങ്ങി അതുവരെ ഇടിയും അടിയും ചവിട്ടും ഒന്നും കൊള്ളാതെ കണ്ട് മനസ്സ് നിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇനി ഒന്നോ രണ്ടോ കൊണ്ടാലും അതുകൊണ്ടുള്ള വൈഭവം വൈഷമ്യമില്ലാതെ അങ്ങനെ മനസ്സ് നിർത്തി കൊണ്ട് കഴിയുക തന്നെയല്ല ഭഗവാൻ ശ്രീരാമയ്യപ്പൊ ശരം പ്രയോഗിക്കും ഇപ്പൊ എന്നാ വിചാരിക്കണേ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഏ ഭഗവാൻ നിക്കണത് എനിക്ക് ഇങ്ങനെ നോക്കണുണ്ട് പക്ഷേ പ്രയോഗിക്കണ കാണില്ലാ പ്രയോഗിക്ക എന്താ പ്രയോഗിക്കാത്തെയാവോ ഏ അദ്ദേഹം എന്താ പ്രയോഗിക്കാത്തത് ഭഗവാൻ എന്താ ശരം പ്രയോഗിക്കാത്തതാവോ ഏ എന്താ ദേഷ് എന്താ വേണ്ട നിശ്ചയിച്ചാണ്ടായി അപ്പോഴാണ് തോന്നിയത് അതേ അദ്ദേഹത്തിനെ കൂട്ട് സാധിച്ചാകില്ല എന്നുണ്ടോ ണോ ജ്യേഷനെ എപ്പോഴാണ് കാണത് ഇതുവരെ കണ്ടറില്ല ഇപ്പോഴേ കണ്ടു ജ്യേഷനെ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നിണ്ടാവു തൻ്റെ ശരം കൊണ്ട് വിഗ്രഹിക്കാനായിട്ട് സദ്യ ആവില്ല താൻപ്രാപ്തനാണ് എന്നങ്ങനെ തോന്നിയാവൂ അങ്ങനെയാണ് കഥ എന്താ എന്താണ്ടാവുക്ത അദ്ദേഹം വിശകനായിരം പ്രയോഗിക്കാതെ കണ്ടിരിക്കുന്നു അങ്ങനെ കൊറച്ചുനേരമൊക്കെ ക്ഷമിച്ചു നോക്കി യോഗിക്കും നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ പക്ഷേ കൊറച്ചു നേരം അങ്ങനെ പോ പ്രബലതര ബാലിഭുജഗുലിശപ്രഹാരിഷ്ട പ്രബലതരമായിട്ടുള്ള ബാലിഭുജഗുലിശം ഗുരുസപ്രഹാരം കൊണ്ട് നിഷ്പിഷ്ടമായ ഗാത്രത്തോടുകൂടിയവരായി ബാലിയുടെ ബാഹുവല്ലേ എങ്ങനെയുള്ളതാ പ്രബലകരമായിട്ടുള്ളതാ അതിബലത്തോടും കൂടിട്ടതും എത്ര കയ്യീന്റെ ശക്തി കണ്ടില്ല അങ്ങനെയുള്ള കൈ ആ കയ്യേന്നല്ല ബാലിഭുജ പുരുഷമാണ് വജ്രായുഷാണ് വജ്ര വജ്രസമാനമായിട്ടുള്ളതാണ് ബാലിയുടെ കൈ ആ അതിബ അതി അതിക്രൂരമായിട്ടുള്ളതും അതുകൊണ്ടുള്ള പ്രഹരാണ് കൊള്ളണത് ആ അങ്ങനെ പ്രഹരങ്ങനെ കൊട്ടട്ട് നിഷ്പിഷ്ടി ഭക്ഷണം ചെയ്തു ശരീര അരച്ചുന്ന് വേണം പറയാൻ വിശനായിരിക്കുന്നു ഈ തന്നെയല്ല ഇനി രണ്ടു നാല് പ്രഹരം കൂടി കണ്ട തന്റെ പ്രാണം പോവും എന്ന അവസ്ഥയായി ശരീരത്തിൽ അദ്ദേഹം ജലം പ്രയോഗിക്കലില്ലല്ലോ ഇപ്പൊ പ്രയോഗിക്കുന്നാണ് വിചാരിച്ചിരുന്നത് പ്രയോഗിക്കണ കാണല്ലോ എന്താ വേണ്ടേ എന്താ വേണ്ടേ ലിസ്റ്റിന്റെ അങ്ങനെ വന്നപ്പോ വൃത്തി അതേ കണ്ടായി ഇനി അദ്ദേഹം ശരം പ്രയോഗിക്കില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്റെ പ്രാണം പോകൂലോ ഒന്നോ രണ്ടോ അടി അടി അടി കൊട്ടുകഴിഞ്ഞാൽ തൻ്റെ കഥ കഴിയും അതുകൊണ്ട് ഇനി ഒരു കാര്യം ആ ശരം പ്രയോഗിക്കുന്നു വിചാരിച്ചു കൊണ്ട് നിൽക്കുകയല്ല അവനവന്റെ എന്ന് വിചാരിച്ചു കൊണ്ട് ഇങ്ങനെ നിവൃത്തിയില്ലാതെ ഉണ്ടായപ്പോ ആ യുദ്ധഭൂമിന്ന് പുറത്തു അതിവേഗതയിലാണോ ചെന്നിട്ട് എവിടൊക്കെയാ പോണ്ടി സംശയമില്ലല്ലോ മാറ്റിയ പോകാൻ പ്രഭുങ്ങ പ്രഭുതത്വങ്ങളിലേക്ക് അങ്ങോട്ട് കേറീന്ന് തന്നെയല്ല മുമ്പ് പോയിരുന്ന ഗുഹയല്ലേ ആ ഗുഹയുടെ ഉള്ളേക്ക് അങ്ങോട്ട് പോയി അവിടെ പോയി അവിടെ ഇരുന്നു എന്താച്ചാൽ പ്രാണരക്ഷ ആർക്കും പ്രധാന മറ്റേതൊക്കെ വെറുതെ ആഗ്രഹിച്ചതല്ലേ ഏഹ് തനിക്കിവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് കഴിയതല്ലത് എന്ന് നിശ്ചയിച്ചു കൊണ്ട് ആ ഗുഹയുടെ ഉള്ളി ഭഗവാൻ സുഗ്രീവൻ അവിടെ ഓർഡറൂടി പോയോ ഇനിയിപ്പോ എന്താ വേണ്ടേ ഏകം സുഗ്രീവന്റെ പിന്നാലെ ഭഗവാനും ലക്ഷ്മണൻ്റെ മറ്റുള്ള വാനാരന്മാരെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു പോയി വന്നാൽ സുഗ്രീവൻ ഇരിക്കണതായിട്ട് ഗുഹയുടെ സമീപത്ത് നിൽക്കാൻ അങ്ങോട്ട് തന്നു എന്നുകൊണ്ട് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചു സുഗ്രീവാ സുഗ്രീവാ എന്ന് വിളിച്ചപ്പോ സുഗ്രീവൻ സ്വാമി സ്വാമിൻ അടിയന അവിടുന്ന് അടിയനെ വിളിക്കണ്ട അടിയൻ ഇവിടെ തന്നെ കിടന്നോളാം ഈ പർവ്വതത്തിന്റെ ഈ ഗുഹയിൽ തന്നെ കിടന്നോളാം ഇതാണ് അടിയൻ യോഗം ഇവിടെ തരുന്ന കിടന്ന് സുദ്ധി കൂടാനാണ് യോഗം അത് ഇവിടെ കിടന്ന് സാധാരണ പോലെ സിദ്ധി കൂടികോളാം അതല്ലാതെ കണ്ട് ഈ അതികഠിനമായിട്ടുള്ള ഇടിയും അടിയും കൊണ്ട് സിദ്ധി കൂടാൻ ഇടവരുത്തണില്ല അടിയൻ ഇവിടെ തന്നെ കിടന്നോളാം സ്വാമി അരുത് അവിടെ അവിടത്തെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പായി പോക്ഷനെ നിഗ്രഹിക്കാനുള്ള വൈഭവം അങ്ങക്കുമില്ല എന്നാണ് തോന്നണത് അതുകൊണ്ട് അരുതരുത് നിർബന്ധിക്കരുത് അടിയൻ ഇവിടെ തന്നെ കിടന്നോളാം ഏയ് അങ്ങനെ വിചാരിക്കണ്ട ആ ഗുഹേരം ഇന്ന് പുറത്തേക്ക് വരുമോ ഇവിടെ വരൂ അടിയൻ അങ്ങോട്ട് വരില്ലേ അവിടെ തന്നെ കിടക്കോളൂ ഇങ്ങോട്ട് വരൂ ഞാനല്ലേ പറയണത് ഗുഹേര ഉള്ളിന്ന് പുറത്തേക്ക് വരൂ സ്വാമി വേണ്ട അടി അവിടെ കിടക്കാൻ ഇല്ല അങ്ങോട്ട് വരൂ പുറത്തേക്ക് വരൂ എന്നുബന്ധിച്ചപ്പോ സുഗ്രീവൻ പതുക്കെ ആ ഗുഹരെ ഉള്ളിന്ന് പുറത്തേക്ക് വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന സ്വാമി അവിടെ നിന്ന് എന്താ ഇങ്ങനെ ചെയ്യാ ഇത്രമാത്രം എന്താ അടിയതാ അവിടേക്ക് ദ്രോഹം ചെയ്തേക്കുന്നത് എന്ത് വിരോധ അടിയനുള്ളത് അവിടേക്ക് എന്ത് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ജ്യേഷൻ്റെ ഇടി അടി പ്രഹരങ്ങളൊക്കെ കൊണ്ട് ശരീരം മുഴുവ എന്തെന്നില്ലാതെ കണ്ട അവസാനിക്കണു ഇങ്ങനെ അടിയനെ ദ്രോഹിക്കരുതേ അരുതേ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്കലു ഭഗവാൻ നമുക്കരിച്ചപ്പോ ഭഗവാൻ രണ്ട് കൈ കൊണ്ട് പിടിച്ച് എനിക്ക് അവിടെ നിർത്തി നിർത്തിയിട്ട് ആ ഭഗവാന്റെ കൈയ്യും തലോടി തലോടിയപ്പോ ആ സുഗ്രീവന്റെ മുമ്പ് എങ്ങനെയായിരുന്നു അതേ സുഗ്രീവാ എന്തൊക്കെയാ സുഗ്രീവൻ പറയണത് എന്താ ഉണ്ടായി എന്ന് ഇഷ്ടോ സുഗ്രീവനും ബാലിയൻ തമ്മിൽ യുദ്ധം കൂടെ ആരംഭിച്ച സമയത്ത് കരുത്ത കഥ എന്താ നിഷ്ടോ എത്ര ഗംഭീരമായിട്ടാ രി യുദ്ധം ചെയ്തതോ അത്ര മനോഹരായിട്ടാ യുദ്ധം ചെയ്തത് ആ യുദ്ധം കണ്ടുകൊണ്ട് നിമിഷം നേരെ ഞാൻ അവിടെ നിന്നു പറയുന്നത് അത്യത്ഭുതായിട്ടുള്ള യുദ്ധമാണ് എന്നാ ഇവര് ദുദ്ധം ഉണ്ടായിട്ടില്ല അത്ര ഭയങ്കരായിട്ട് യുദ്ധമാണ് അത് കഴിഞ്ഞപ്പോഴാണ് ബാലിയെ അനുഗ്രഹിക്കാം എന്ന് വിചാരിച്ച് ശരം തൊടുക്കാനായിട്ട് നോക്കിയ പോ രണ്ടാളും ഒരുപോലെയാ ഒരു മാറ്റമില്ലാ പ്രവൃത്തിയും ഒരുപോലെ തന്നെ ആകൃതിയും ഒരുപോലെ തന്നെ വരാത്ത പൊക്കെ ഒരുപോലെയാ വളരെ ഞാൻ മനസ്സി നിർത്തി സുഗ്രീവൻ ആരാണ് ഭാര്യ ആരാണ് എന്നറിയാൻ വേണ്ടി ഞാൻ മഹം മനസ്സിൽ അറിയാനായിട്ട് സാധ്യത അവിടില്ല എന്നിട്ട് വളരെ മനസ്സി നിർത്തി എങ്ങനെയെങ്കിലും അറിഞ്ഞ് പ്രയോഗിക്കാം എന്ന് വിചാരിച്ചാൽ മാറിപ്പോയാലോ ഏ ണെന്ന് വിചാരിച്ച് സുഗ്രീവ സുഗ്രീവന്റെ നേരെയ ഞാൻ പ്രയോഗിച്ചു വെച്ചാലോട്ട് വേണ്ടേ അങ്ങനെ കാസർ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് കൂടി ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് സുഗ്രീവനെ ദോഹിക്കാനല്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ആരാണ് സുഗ്രീവൻ ആരാ ബാലി എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സുഗ്രീവാ ായിട്ട് അടിയൻ വരുന്നില്ല എന്ന് കഴിഞ്ഞാ അതോടുകൂടി ജേഷൻ അടിയൻ ഗ്രഹിക്കും അപ്പോ ബഹാർത്ഥം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഒരു അബദ്ധം പറ്റിയതാ പറ്റി എന്ന് പറയവയ്യാ അബദ്ധം പറ്റാതെ കൊണ്ടിരിക്കാൻ മനസ്സുരുദ്ധമുണ്ടായത് അതാ ഉണ്ടായത് അബദ്ധം പറ്റിയാൽ മനസ്സിലൊരു കാര്യമുണ്ടോ ഏഹ് സുഗ്രീവനെ തിരിച്ചറിഞ്ഞില്ല സുഗ്രീവനാണ് മനസ്സിലായില്ല ആദ്യ യുദ്ധത്തിനായിട്ട് ഇനിയും തിരിച്ചറിയണല്ലോ ഇനിയും ആദ്യം അവിടെ പോയി യുദ്ധം തുടങ്ങിയാ ചേർപ്പോ നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലായില്ല വരാം അല്ലേ അതിനു എന്തെങ്കിലും ഒന്ന് തിരിച്ചറിയാനായിട്ട് വേണം നിങ്ങൾ രണ്ടാളെയായിട്ട് ഇപ്പോൾ സ്വതമയുള്ള ആകൃതി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യല്ല നിങ്ങളുടെ പ്രകൃതി ഒന്നും മനസ്സിലാക്കില്ല എനിക്ക് നിങ്ങളിൽ സുഗ്രീവനിന്നാളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ലക്ഷണം വേണം തിരിച്ചറിയാനുള്ളത് വേണം ഇപ്പൊ അങ്ങനെയാണല്ലോ അല്ലേ തിരിച്ചറിയാൻ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യമൊന്നും ഇറങ്ങില്ല അല്ലേ അപ്പൊ തിരിച്ചറിയാനുള്ളത് എന്തെങ്കിലും ഒന്നും വേണം അല്ലേ അതിനിപ്പോ എന്താ തിരിച്ചറിയാപ്പോൾ ഇവിടെ പോകും ഈ വനപ്രദേശത്തിൽ തിരിച്ചറിയാൻ എന്താ വേണ്ടേ ഇന്ന് ഭഗവാന് അന്ന് നാല് പുറം നോക്കിയേ പോ അതിനൊരു ബായി തോന്നി ലക്ഷ്മണ ഈ സുഗ്രീവനെ തിരിച്ചറിയാനായിട്ട് ഒരു കാര്യം ചെയ്യണം ഇതാന്നല്ലേ ഗജീമിമാണകണ്ഠേ ിട്ടുണ്ടെ ഈ വള്ളി ഗജപുഷ്പി എന്നാണ് പറയാത് എന്റെ മുമ്പി കണ്ടത് അതാ അതുകൊണ്ടു വേറെ ഇനിയിപ്പോ വേറെ വലുതും അന്വേഷിച്ച് എവിടേക്കൊന്നും കോണ്ടെ അതാണ് അതിന് പ്രത്യേകത ഭൂമിയിലാണ് അങ്ങനെയുള്ള ആ അടമ്പിന്റെ പള്ളി ഭൂമിയിൽ നിന്ന് എടുക്കുക ണ്ടാക്കിയാൽ അടുത്തിട്ടു സാധാരണ മാല കഴുത്തിലിടണ എന്തിനാ ഒരു ഭംഗി ഉണ്ടാവാനാ അല്ലേ അല്ലെ വെറുതെ ഇങ്ങനെ ഇടാൻ വേണ്ടിട്ടല്ല ആർക്ക് ഭംഗി ഉണ്ടാവാൻ മാലയ്ക്കല്ല ഇടണ ആൾക്ക് അല്ലേ അങ്ങനല്ലേ ഈ സാധനം കാട്ടിലിങ്ങനെ പടർന്ന ഒരു വള്ളി അത് പറച്ച് കഴിച്ചിട്ടാ വല്ല ഭംഗി ഉണ്ടാവു എന്നാണെങ്കിൽ ഭംഗി ഉണ്ടാവും അങ്ങനെ ഉള്ളതാണ് അപ്പൊ ധാരാളം അത് പിടർന്ന് നിക്കുന്നു അതുകൊണ്ടൊരു മാല ഉണ്ടാക്കിയാൽ ഭംഗി ഉണ്ടാവും എന്നിട്ടത് ഗുരു ലക്ഷ്മണന്റെ കഴുത്തിലിടൂ കഴുത്തിലിട്ടാ ഭംഗി ഉണ്ടാവും ഭംഗി ഉണ്ടാവും മഹാത്മാൻ ആ മഹാത്മാവാണ് സുഗ്രീവനെ പോലെ യോഗ്യനായിട്ട് ആരാധം ലക്ഷ്മണ വളരെ ഭംഗിണ്ടാവും അതുകൊണ്ട് എന്ന് ലക്ഷ്മണൻ ലക്ഷ്മണൻ നന്നേ അതെ നിശ്ചയിച്ചുകൊണ്ട് ആ തമ്പുകൊണ്ട് ഒരു മാല ഉണ്ടാക്കി ണൻ ആ അടമ്പ് പറച്ചെടുത്ത് കൊണ്ടുവന്ന് മാല എന്താ വെച്ചാലോ ഈ മാല ഉണ്ടാക്കുന്നത് മാല ഉണ്ടാക്കണ കഴിവുകൊണ്ടാണ് അതിന് ഭംഗി ഉണ്ടാവുക എന്ത് സാധനം കൊണ്ടുണ്ടാക്കണോന്നല്ല നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് നല്ല ഭംഗി ഉണ്ടാവും ആ അങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ എന്ത് ഈ പറയണത് ഈ കാട്ടിലൊക്കെ പറഞ്ഞു കിടക്കണ ഈ വള്ളിയൊക്കെ പറിച്ചിട്ട് അടുത്തിട്ടിട്ടാകും അല്ല ഭംഗി ഉണ്ടോ പക്ഷേ ലക്ഷ്മണൻ അതുകൊണ്ട് ആ പടംച്ചെടുത്ത് അവിടെ പിരിച്ച് ഒരു മാല ഉണ്ടാക്കി മാല ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ സുഗ്രീവൻ്റെ കഴുത്തിൽ അവിടെ ശ്രീമാൻഷു സൂര്യോ നക്ഷത്രമാലയാ ലതെന്ന് പറഞ്ഞോണ്ട് ആ വള്ളി കഴുത്തിലിട്ടപ്പോലല്ലേ മാല ഞങ്ങടെ പറഞ്ഞ വേണ്ട ചേട്ടാ വള്ളി തന്നെയാണ് അല്ലെ വള്ളി കൊണ്ടുണ്ടാക്കിയതല്ലേ ആ വള്ളി കൊണ്ടൊന്ന് ആ മാല കൊണ്ടൊന്നും കഴിച്ചാൽ ഞങ്ങൾ ഇട്ടപ്പോൾ കാണുന്ന ണേവനൊരു തേജസ്സുണ്ട് തേജസ്വീ ആയിട്ടുള്ള ആളാ ആ സുഗ്രീവന്റെ കഴുത്തലങ്ങില്ലാണ്ട് തേജസ് എന്നാൽ എന്തുപോലെയാണ് ആ തേജസ് എങ്ങനെയാ തേജസ് ഉണ്ടായിരുന്നു എങ്ങനെയാ എന്നാണെങ്കിൽ ആകാശേ ആകാശ എത്തങ്കില് എല്ലാവർക്കും കാണാൻ സാധ്യമാവുന്നതാ എന്ത് പോലെയാണോന്നാണെങ്കിൽ വിപരീതോ നക്ഷത്രമാലയാ നക്ഷത്രമാല കൊണ്ട് വിപരീതനായിട്ടുള്ള സൂര്യനെ പോലെയുള്ള ആകാശത്വങ്ങള് സൂര്യൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതേപോലെയുള്ള അതെങ്ങനെ നക്ഷത്രമാല കൊണ്ട് പരീതനായിട്ടുള്ളതാണ് ഏ എന്താ പറഞ്ഞത് നക്ഷത്രമാല നക്ഷത്രങ്ങളെ കൊണ്ട് മാല എന്ന് പറഞ്ഞ അനവധി ഉള്ളത് നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെങ്കിൽ ശോഭിച്ചുകൊണ്ടിരിക്കണ ആദിത്യനെ പോലെയെന്നുബദ്ധായിട്ട് പറയുന്ന ആദിത്യൻ നക്ഷത്രം കൊണ്ട് ശോഭിക്കുക ആദിത്യനൊരിക്കുമ്പോ നക്ഷത്രങ്ങൾ ഉണ്ടാവു അപ്പോ നക്ഷത്രം ഉണ്ടാവു എപ്പോഴാ എപ്പോഴാ രാത്രിയിലാ ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് നക്ഷത്രം ഉണ്ടാവുക അല്ലേ ആദ്യത്തിന് ഉദിക്കുമ്പോ അങ്ങനെ നക്ഷത്രം ഉണ്ടാവുന്നത് ഏ ചന്ദ്രനെ പോലെ അല്ലേ മാർ പറഞ്ഞതല്ലോ അതെയോ സൂര്യൻ എന്നുള്ളത് ചന്ദ്രൻ അല്ല സൂര്യ സൂര്യനെ പോലെയാണോ സൂര്യന് നക്ഷത്രമാരാ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ സൂര്യൻ ആകാശത്തു നിന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുക നാല് കുറവങ്ങനെ നക്ഷത്രങ്ങളും ഉണ്ടാവുക എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പൂവുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ എന്താ പറഞ്ഞില്ല വല്ല ഭീകരം ഉണ്ടോന്നാ ചോദിക്കുന്നത് ഇല്ല നമ്മുടെ എല്ലാ ഗ്രഹവും ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് ആഹാ സൂര്യൻ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ പകലുള്ളതല്ല പിന്നോ രാത്രി ഉള്ളത് രാത്രി സൂര്യനാ ഉണ്ടാവുക രാത്രി ചന്ദ്രനല്ലേ അല്ല സൂര്യൻ ഉണ്ട് ഏതാ വെളുത്തവാവിൻ്റെ അർദ്ധരാത്രി സമയത്ത് ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രനെ സൂര്യസുല്യനായിട്ടാണ് കണക്കുക സൂര്യനെ പോലെയാണ് എല്ലാ ദിവസത്തേയും ചന്ദ്രനല്ലാട്ടോ വെളുത്ത ഭാവണം അത് ആകാശം തെളിഞ്ഞിരിക്കണ സമയമാവണം ആ സമയത്ത് അർദ്ധരാത്രിയാണ് ചന്ദ്രൻ ഉദിക്കണ സമയത്തുമല്ല അസ്തമിക്കണ സമയത്തുമല്ല അർദ്ധരാത്രി സമയത്ത് ഇനി വേണമെങ്കിൽ നോക്കിപ്പോകും ഈ പറഞ്ഞതിൻ്റെ ഉണ്ടാവുന്നു ആദിത്യനെ പോലെയുള്ള ശോഭ ഉണ്ടാവുന്നു അത്രേസിയായിട്ടായിരിക്കാം ചന്ദ്രൻ എന്താ അത് പറയാൻ കാരണം എന്നാണെങ്കിൽ ആരുടെ കാര്യ പറഞ്ഞത് ഇവിടെ സുഗ്രീവന്റെ കാര്യ പറഞ്ഞത് സുഗ്രീവൻ ചന്ദ്രനെ പോലെ ശോഭിച്ചു എന്ന് പറഞ്ഞാൽ വല്ല ഭംഗിയുണ്ടോ ഓ ഉഗ്രപ്രതാപിയായിട്ടുള്ള ആളാണ് ആ മാഗങ്ങൾ കഴുത്തിൽ ഇട്ടപ്പോ ആഹ് സുഗ്രീവന്റെ ക്ഷീണം മുഴുവൻ എന്ന് മാത്രമല്ല ആദ്യ ഓജസ്സോടു കൂടി വശായി ആദിത്യൻ എങ്ങനെയാണോ അതേപോലെയുള്ള ഓജസ്സുണ്ടായി അതാണ് പറയാൻ കാരണം അല്ലേ അതാണ് എന്നാലോ ഈ സാധാരണ ആദിത്യ നേരെ നോക്കാൻ പറ്റുമോ ഉദിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആദിത്യന്റെ നേരെ നോക്കുക സാധ്യമാവില്ലേ അയ്യോ കാണ വയ്യ എന്നല്ലേ ചന്ദ്രൻ്റെ നേരെയോ ചന്ദ്രൻ എത്ര മേളമായിട്ട് ശോഭിച്ചാലും കാണാൻ അല്ലേ കാണാൻ കൗതുകം ഉണ്ട് ഉഗ്രപ്രതാപത്വം അതാണ് പറയാൻ കാരണം അങ്ങനെ ഈ മാല കഴുത്തിൽ അങ്ങനെ ഇട്ട സമയത്തെങ്കില് വളരെ എന്നിട്ട് എന്നാ പോവല്ലേ യുദ്ധത്തിനായിട്ട് അല്ലേ എന്ന് പറഞ്ഞ സ്വാമി ആവാം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുഗ്രീവന്റെ ഇന്ത്യ എന്നിട്ട് രാഗ്രീവരീ അഭിജ്ഞമാപുലീവാണരവീ പജന്യ സമര ബലിം സമരാ ീവാ സുഗ്രീവൻ പ്രപടു എങ്ങനെയാ അനുഗതേന രാമേണ അനുഗതനായിട്ടുള്ള രാമനോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് കൂടിയിട്ട് ഭഗവാനും അനുഗമിക്കുന്നു ഭഗവാൻ മാത്രമല്ല മറ്റുള്ളവരെല്ലാവരുമുണ്ട് എല്ലാവരും കൂടി അതൊന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് ആ പരിപണ സ്ഥാനത്ത് എവിടെയാണോ ഭഗവാൻ മുമ്പ് നിന്നിരുന്നത് ആ സ്ഥാനത്ത് ഭഗവാൻ അവിടെ വന്ന് നിന്നുഗീവനോ കിഷ്കന്ധാ മിഷ്കിന്ധേന ഗോപുരദ്വാരത്തിൽ വന്നു എന്നിട്ട് പുനരവി പിന്നെയും <simus> worry, you no, you have െ സമരത്തിനായി കൊണ്ട് ആഹ്വാനം ചെയ്തു ആ ഗോപുരത്തിൻ്റെ അവിടെ വന്നുകൊണ്ട് ബാലിയെ പിന്നെയും യുദ്ധത്തിനായിട്ട് വിളിച്ചു എന്താ ആദ്യം ഒരുപാട് ആവശ്യം വിളിച്ചതാണ് അല്ലേ അതാണ് പുനരവി പിന്നെയും വിളിച്ചു എന്ന് പറയാൻ കാരണം എന്നാൽ ആ വിളിക്കുന്നത് എങ്ങനെയാ ഏ മുമ്പ് വിളിച്ച പോലെ തന്നെയല്ലേ ഇന്നല്ലേ അതല്ല കുറച്ചും കൂടി എന്താ എന്താ അതാ കാരണം എന്ന് വെച്ചാൽ ആദ്യം യുദ്ധത്തിനായിട്ട് വിളിച്ചിട്ട് ആ ഭാര്യയുടെ പ്രഹറങ്ങനെ കൊണ്ടിട്ട് സൈക്കി വയ്യാതെ കണ്ടു ഓടിപ്പോയ ആളാ അല്ലേ ഇവിടെ വന്ന കെട്ടിന്ധാഗോപുരത്തിൽ വരുമ്പോ യുദ്ധത്തിന് വിളിക്കാൻ ആരംഭിക്കുമ്പോ അത് ആദ്യം യുദ്ധത്തിന് വിളിച്ചിട്ട് സാമാന്യം പോലെ പ്രഹരം കൊണ്ടോട്ട് ഓടിയതാണ് ഇനിയും അങ്ങനെ ഉണ്ടാവൂ ൊരു പരിഭ്രമല്ലേ എന്നാണെങ്കിൽ ഇങ്ങനൊന്നുണ്ടായി നല്ല ചിന്തയും കൂടി ഇല്ല ഉണ്ടായിരുന്നു അതാണ് പുനരവീഹി പിന്നെ വന്നപ്പോഴേ മാറ്റുന്ന എങ്ങനെയാണോ വിളിക്കണത് എങ്ങനെയാ പർജൻജൻ അല്ലേഗർജനം പോലെയാന്ന് േഘം എങ്ങനെയാണോ സംഭവിക്കണം ഇട്ടിനാഥ് പോലെയാണോ പുറപ്പെട്ട വാക്ക് ആദ്യം വിളിച്ച കൂടുതലല്ല ആദ്യം ബാലിയെ വളരെ വിനയത്തോടു കൂടിയിട്ടാണ് വിളിച്ചതിനായിട്ട് അല്ലേ ഇവിടെ അങ്ങനെയല്ലേ ഇട്ടിനാഥം അതുപോലെയാണ് യുദ്ധത്തിനായി കൊണ്ട് വിളിച്ചത് ഓറൊക്കെ സിംഹനാഥം കൂടി ചെയ്തു സിംഹനാഥടെ കേട്ടാൽ ഇടിനാഥം ഇടിപോലെയാണ് അപ്പം ഭയങ്കരമായ ശബ്ദം പ്രവർത്തിച്ചു കൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും കേട്ടുണ്ടോ മേഘീരണിത് ആ ശബ്ദം ഇവിടെ കേട്ടില്ല ഓർട്ടെ അതിഭയങ്കരായിട്ടുള്ള ശബ്ദമാണ് കേട്ടണത് അല്ലേ ആ സമയത്ത് മേഘധ്വാന ഗോദരനിർണ്ണിതോധൂരാക്ഷ്യം ആ ദർഭാഗം മുഴുവേ ധക്ഷ്യനായിട്ടാണ് ഈ ശബ്ദം ഇവിടെ കേട്ടതോട് കൂടിയിട്ട് മേഘധ്വാനം പോലെ ുള്ളതായിട്ടുള്ള മേഘദ്വീരമായിട്ടുള്ള ശബ്ദ ആ ഞങ്ങൾ കേട്ട സമയത്തെങ്കിൽ കോപങ്ങൾ കോഹ കോര അക്ഷിരൂക്ഷ കോപാധിക്യം കൊണ്ട് കണ്ണിൽ നിന്ന് പുറപ്പെടാനായ അഗ്നി കോപാഗ്നി അങ്ങോട്ട് പുറപ്പെട്ടു കേട്ടോ ആശാന്തരം ദുഗന്ധർഭാഗം മുഴുവൻ ദഹിപ്പിക്കണത് പോലെയാണ് ആ കണ്ണങ്ങട് കണ്ടാൽ അഗ്നിണ്ടെന്നാ തോന്നാ അല്ലേ അതിരൂക്ഷമായ അഗ്നി ആശാന്തരം ദുഗന്ധർഭാഗം മുഴുവൻ ദാ ദഹിച്ചു മുഴുവൻ ദഹിച്ചു എന്ന് തോന്ന ആ ഭാര്യയുടെ ഭാവം അങ്ങോട്ട് കണ്ടാൽ എന്താ കാരണം സഹോദരന്റെ ശബ്ദം അങ്ങനെ കേട്ടപ്പോ ഇന്ന് തന്നെയല്ല മഹേന്ദ്രാത്മജാ മഹേന്ദ്രാത്മജൻ ഇന്ദ്രപുത്രനായിട്ടുള്ള ആ ബലി കേട്ടിട്ട് ചാ ആ ഇരുന്ന ദിക്കുന്നവരുടെ ചാടി അങ്ങനെ പുറപ്പെട്ടേ എന്താന്ന് വെച്ചാല് ഈ ശബ്ദം അവിടെ കേട്ടപ്പോ കോപങ്ങൾ സഹിക്കവയ്യാതെ കണ്ട് കൊടുത്തു കോപാഗ്നി എല്ലാരിക്കലും വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ഉറക്കയുള്ള സിംഹനാഥും അതിഭയങ്കരായിട്ടുള്ള ശബ്ദം അങ്ങനെ പുറം പിടിച്ചിട്ടുണ്ട് ആ ശബ്ദം എങ്ങനെയുള്ളതാ ദർണരന്ധി ദിഗന്ധാവളങ്ങളിലെ അവിടെ കർണരന്ധ്ര വിതള വിദള വിദള പ്രോച്ഛണ്ഡമായിട്ടുള്ള കണ്ഠധ്വനിയോട് കൂടിയവനാണ് ദിഗന്ധാവളങ്ങൾ ദിഗ്ഗജങ്ങൾ ഭൂമിയുടെ നാനാ ഭാഗത്തും നിക്കണതായിട്ടുള്ള ദിഗ്ഗജങ്ങളുണ്ട് ഭൂമിയെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അങ്ങനെയുള്ള ദിഗ്ഗജങ്ങളുടെ ചെവിയിൽ വന്നങ്ങൾ തറച്ചു എന്നിട്ട് ആ ചെവി ഇവിടെ പൊളിയ അത്രമാത്രം ഭയങ്കരായിട്ടത ഇവിടെ സമീപത്തുള്ളതല്ല ഭൂമിയുടെ താഴത്ത് ഭൂമിയെ വഹിച്ചു കൊണ്ടു നിൽക്കണതായിട്ടുള്ള ദിഗജങ്ങളുടെ ശെവി പൊളിയാമ്പാകത്തിനുള്ള ശബ്ദമാണ് പുറപ്പെട്ടത് അപ്പൊ എത്രമാത്രം ഭയങ്കര ആണെന്ന് വിചാരിച്ചു കൂടാ കൃം സംരംഭ കോപം ആ കോപാധിത്വം കൊണ്ട് ആയിരുന്ന ഉദ്രംഭിച്ചോ എനിക്ക് അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നു എങ്ങനെയുള്ള ആളാ പ്രതിഭടവന്മാതി പ്രതിഭവന്മാതിയാണ് പ്രതിഭടന്മാര് ശത്രുക്കള് അവരെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുണ്ട് ആരായിക്കോട്ടെ തന്നോട് വിരോധിക്കാനായിട്ട് വരണത് ആരായാലും കണ്ടില്ല അവരെ മുഴുവൻ സംഹരിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള മഹേന്ദ്രാത്മജൻ ആ ഭാര്യ ഈ സുഗ്രീവന്റെ അതിഭയങ്കരമായിട്ട് ശബ്ദം മേഘ ശബ്ദം ഇവിടെ കേട്ടോ അതീവ കുപിതനായിട്ട് അവിടുന്ന് ഇവിടെ പുറപ്പെട്ടു ഒന്ന് തന്നെയല്ല അവൻ ഇപ്പൊ അവിടുന്ന് ചാടി പോയോളൂലോ എന്റെ പലഹരം കണ്ടിട്ട് ഓടി പോയതാ മതിയായില്ലേ എന്നാ ഇതോട് കൂടി അവന്റെ കഥ കഴിക്കാം ഇന്നൊട്ട് താമസമില്ല താനിവിടെ വന്ന് രാജധാനി വന്ന് അങ്ങോട്ട് ഉള്ളൂ ഏ ഇനി ഇവൻ വളർക്കാലായിട്ട് വരില്ല അനവധി കാലം കഴിഞ്ഞിട്ടാണ് തന്റെ നേരെയെ പുറപ്പെട്ടത് ഏഹ് ഇനി ഇനി അവൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ ഈ ശബ്ദം അങ്ങനെ കേക്കുന്നത് ഏഹ് എന്നാൽ ഇപ്പൊ തന്നെ കഴിക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിവേഗതയില് വിചാരിച്ചു ആ സമയത്തെ രാജധാനിയുടെ അന്തർഭാഗത്തെങ്കിൽ നിന്ന് സുഗ്രീവൻ നിമിത്തമുള്ളതായുള്ള കോപം കൊണ്ട് തിരുവാനങ്ങൾ സമയത്തെങ്കിൽ അതിവേഗതയിലാണ് പോണത് പോവാനങ്ങൾ ഭാവിക്കണ സമയത്തെങ്ങൾ താര കണ്ടു പോവാന പൂവാം പോണത് കണ്ടു നേട്ട് പോയി തുടങ്ങി ഏഹ് ആ പോണ കണ്ടപ്പോ താരക്ക് ഇതിന് ഏ ഇതെന്താ യുദ്ധത്തിനായിട്ട് ആദ്യ പോണതെന്താ ആരോപിക്കാതെ കണ്ട് എന്താ അങ്ങനെ പോണതാവോ ഏതോ ഒരു കാര്യം ആ കോപത്തിന്റെ ആധിക്യം കൊണ്ട് പോണതാണ് ആലോചിക്കാതെ കണ്ട് പോണതാണ് എന്നാൽ അദ്ദേഹത്തിനോട് ഒന്നും ഗുണദോഷിച്ച ഒന്ന് പറഞ്ഞളയാം സാധാരണത്താൻ ഒന്നും പറയോ വൈബല്യാ അടുക്ക ചെന്ന ഈ ഒരു അവസരം അദ്ദേഹത്തിന് വല്ല ആപത്ത് വന്നാലോ നിശ്ചയില്ല എന്താ വേണ്ടത് എന്ന് വിശ്വസിച്ചുകൊണ്ട് താര വേഗം അടുക്കളയ്ക്ക് വിളിച്ചെന്നു എന്നാ ഭൂമികാലി തദ്ഞ്ജലം ചെന്നു തടയാനായിട്ട് അങ്ങോട്ട് ചെന്നു തടയാ എളുപ്പാണോ അതിവേഗതയിലാണ് പോണത് പോണ ആളോട് എങ്ങനെയാ പോയി എന്ന് പറയാരുത് കൂവരുത് കൂവരുത് എന്ന് പറഞ്ഞ് പറയണത് ഭംഗിയല്ല ഒരാൾ പോണ സമയത്തെങ്കിൽ ചെന്ന് കൂവരുത് എന്ന് പറഞ്ഞു കൂവരുത് മുമ്പ് പറയേണ്ടതാണ് ഈ ജാണ് പോയി എന്തു വേണം അങ്ങനെ തടയരുത് എന്നാ വേണം എന്താ വേണ്ടേ എന്ന് ആലോചിച്ചും കൊണ്ട് ഉപ്പങ്ങ അടുക്കളേക്ക് അങ്ങനെ ചെന്നു ചെന്നിട്ട് പറഞ്ഞാൽ അങ്ങനുസരിച്ചിട്ടില്ലാന്നറിയാം എന്ത് ചെയ്തു കലയൂലാഞ്ചലം കരഭൂമി കലയന്തി തന്റെ കൈ ആ കയ്യുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്മ ധിച്ചു പിടിച്ചുകൊണ്ട് പ്രിയതമൻ പ്രിയമ്മ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ വസ്ത്രത്തുമ പിടിച്ചു പിടിച്ചു പിടിച്ച് അവിടെ നിർത്തിയിരുന്നു അതിവേഗണതായിട്ടുള്ള അദ്ദേഹത്തിന് അടുക്ക ചെന്ന് ആ ധരിച്ച വസ്ത്രത്തല് അതികുപിതനായിട്ടാണ് പോണത് ഇപ്പൊ അവിടെ കഴിക്കണം അവിടെ അങ്ങനെ ചെന്ന ഒരു രാട്ടിക്കവന്റെ കഥ കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോണത് അപ്പോഴാണ് ആ യാത്രയിലൊരു പ്രതിബന്ധം അങ്ങനെ വന്നപ്പോ ആരാ നോക്കി തന്നെ ആരാ തടയണം പത്രത്തുമ്മ പിടി തടയണ താരാ നോക്കിയപ്പോ കണ്ടപ്പോ എന്നെ തടയണത് ഞാൻ ഇവനെ അനുഗ്രഹിക്കാൻ പോവല്ലേ അല്ലെ ഇപ്പൊ കഴിച്ചിട്ട് വരാം ഞാൻ അങ്ങടെ ചെന്ന് രണ്ട് കൊടുത്ത അതോടുകൂടി അവന്റെ കഥ കഴിയും അത്രയും പരവശനായിട്ടാണ് അവിടെ നിന്ന് അതുകൊണ്ട് ഇപ്പൊ കഴിച്ചിട്ട് വരാം ആരെ എന്നാ തടയാരുത് ഞാൻ ഒത്തൊത്തറൊന്ന് വിടൂ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ കവിവരാ കരൻ വനര ശ്രേഷൻ എല്ലാ ഗുണങ്ങളും തകഞ്ഞിട്ടുള്ള ആളാണ് അവിടത്തോടൊന്നും പറയേണ്ടതില്ല എല്ലാം അറിയണ ആളാണ് എന്നിട്ട് അങ്ങ് എന്താ അങ്ങനെ എന്താ കവിടെ അറിയണെ പരാക്രമം അറിയില്ല എത്രമാത്രം പരാക്രമം ഉണ്ട് അറിയാം മുമ്പ് തന്നെ അറിയാം വളരെ കാലങ്ങൾക്ക് തന്നെ അറിയാം അങ്ങയുടെ പ്രഹരവും കൊണ്ട് പേടിച്ച് ആ പർവ്വതത്തിങ്ങൾ കിടക്കു പിന്നെ എന്തോ അകാലം ഇവിടെ വന്നു യുദ്ധം ചെയ്യാനായിട്ട് വന്നു അപ്പഴും അങ്ങയുടെ പ്രകാരം കൂട്ടൊക്കെ ഊരി പോയി ആ സുഗ്രീവനാണ് ആരേ വന്ന് യുദ്ധത്തിന് അല്ലേ യോധുകാമനായേക്കുമോ അങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നേക്കുന്നു അത് അതുകൊണ്ട് അത് ഹെതുവായിട്ട് വിചാരിയമാണ് ആലോചിക്കേണ്ടത് എന്ത് എന്താണ് എന്താണ് വരാൻ കാരണം അത് യുദ്ധത്തിനായി കൊണ്ടുവന്നതെന്താ എന്തിനായിട്ട് വന്നു എന്താ കാരണം യുദ്ധത്തിന് വരുമ്പോ എന്താ ജയിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ വരണതല്ലേ അങ്ങനെ ജയിക്കാൻ സാധ്യല്ല എന്ന് സുദീവൻ അറിയാലോ അങ്ങനെയുള്ള സുദീവൻ ഇപ്പോ അങ്ങയുടെ ബാഹുബാരി പരാക്രമം അറിഞ്ഞിട്ട് ആദ്യ യുദ്ധത്തിനായി കൊണ്ടുവന്നേക്കുന്നു അല്ലേ അരുത് ആലോചിച്ചെ പോവൂ നല്ല പോലെ ആലോചിക്കണം എന്താണ് രുഗ്രീവൻ യുദ്ധത്തിന് വരാനുള്ള കാരണം എന്തു കൊണ്ടുവന്നു അങ്ങയുടെ പരാക്രമം അറിയണ ആള് എന്ന് തന്നെയല്ല യുദ്ധത്തിന് പരാജയപ്പെട്ടിട്ടുള്ള ആള് അങ്ങനെയുള്ള ഈ സുഗ്രീവൻ രണ്ടാമതും യുദ്ധത്തിന് വന്നപ്പോ എന്നാണ് കാര്യം എന്തുകൊണ്ടു വന്നു എന്നൊന്നാലോചിക്കണ്ടേ അരുതരുത് യുദ്ധത്തിന് ഒന്ന് പൂവരുത് ആലോചിച്ചിട്ട് പോയാൽ മതി യുദ്ധത്തിന് പോവേരുത് എന്നല്ല പറയണ അർത്ഥം ആലോചിക്കണം അങ്ങനെ ആലോചിക്കാൻ കഴിവുണ്ടല്ലോ അങ് കവി വളരെ വീരനായിട്ടുള്ള ആളല്ലേ അങ് ആലോചിക്കൂ എങ്ങനെയാണ് എന്നുള്ളത് എന്നിട്ട് യുദ്ധത്തിനായിട്ട് പോനെയാണ് എന്താണ് എന്നുള്ളത് യുദ്ധനിതേ പൂരത് അവിടുന്ന് ഇപ്പോ ആലോചിക്കാതെ കണ്ടൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാ അടുത്ത സമയത്ത് എന്ത് കഥ നീ ഇപ്പൊ എന്ത് കണ്ടീ പറയണത് ആരോടാ പറയണെന്ന് ഇഷ്ട്ട്ട്ടോ ഞാൻ ആരാണ് എന്റെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാണ്ടല്ലേ നീ പറയണത് അല്ലേ അയ്യോ എന്നെ പറയുള്ളൂ ഈ ഇവനോട് യുദ്ധം ചെയ്യാനായിട്ട് എനിക്ക് എന്താ ആലോചിക്കേണ്ടത് അല്ലേ അനവധി കാലം എന്നെ പേടിച്ച പ്രബോധത്തിന്റെ മോളി കിടന്നോണല്ലേ ഇവനോട് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ എന്തിനാ ആലോചിക്കണു ഏ എന്റെ പരാക്രമം നിശ്ചയില്ലേ നിങ്ങൾക്ക് കേട്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ എങ്ങനെയുള്ള ആളാ ഞാൻ എന്തും ചെയ്യാൻ വൈഭവുണ്ട് എനിക്ക് പിന്നെ നന്നല്ല ഏത് കാര്യത്തിനും വൈഭവുണ്ട് നീ വേണമെങ്കിൽ മനസ്സിലാക്കിയേക്കോ ഞാൻ പറയാം ലോകം വിഷാദ അതൂ അല്ലേ താര നിനക്ക് തീവ്രമായ വിഷാദമുണ്ടല്ലോ നിന്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ എന്താ കാരണം എനിക്കെന്തോ അത്യാവസ്തു വരും എന്നുള്ളതല്ലേ അല്ലേ എനിക്ക് ആപത്ത് വന്നെങ്കിലോ എന്നുള്ളതല്ലേ ഏതൊരു ചിജായാലും വേണ്ടില്ല തന്റെ ആ ഭർത്താവിനാപസ് വരും എന്ന് പറയുമ്പോ വളരെ ക്ലേശ ഉള്ളതാണ് നിന്റെ വാക്ക് കേൾക്കുമ്പോ എനിക്ക് അതാണ് അല്ലേ എന്തിനു നീ രൂക്ഷിക്കുന്നു െ ദുഷിക്ക് അയ്യോ കഷ്ടം എന്നെ നീക്ക് പറയുള്ളൂ എന്താ കാരണം എന്നെ മനസ്സിലാക്കാത്തോണ്ടാണ് ഞാൻ ആരാണ് എനിക്ക് എത്രമാത്രം വൈഭവുണ്ട് എന്ന് മനസ്സിലാക്കാത്തോണ്ടാണ് നീ ദുഖിക്കുന്നത് അല്ലേ ദുഃഖിച്ചോ നീ നീ ദുഃഖിച്ചോ ഇത്രയും കാലം എന്റെ അടുക്ക വന്ന് കൂടിയിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അല്ലേ അയ്യോ കഷ്ടം നിനക്ക് എന്തിനു ദൂക്ഷിക്കുന്നു എനിക്ക് എത്രത്തോളം പ്രാപ്തി ഉണ്ടെന്ന് ഞാൻ പറയാം ഞാൻ ഇവിടെ നിന്ന് അവിടെ എണ്ണീറ്റ് പുറപ്പെട്ടാൽ എനിക്ക് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല എന്തും ചെയ്യാൻ സാധ്യ കാണിച്ചു തരാൻ ഞാൻ വേണമെങ്കില് ബ്രഹ്മിയം ്രഹ്മസ്തംഭത്തെ ചെയ്യാം ബ്രഹ്മസ്തംഭം ബ്രഹ്മമാകുന്ന സ്തംഭം ബ്രഹ്മമാകുന്ന ബ്രഹ്മാണ്ടമാകുന്ന വൃക്ഷം വൃക്ഷം വൃക്ഷം എന്ന് പറയാൻ കാരണം താരേ നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല വൃക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതാണ് ബ്രഹ്മാണ്ടമാകുന്ന വൃക്ഷം ആ വൃക്ഷത്തെ ദുനിയാം ഞാൻ അളത്തി തീർക്കാം ഞാനങ്ങടെ വന്നിട്ട് ആത്മ പിടിച്ച് നമ്മുടെ ഗുലി കഴിഞ്ഞാൽ ആ വൃക്ഷം ബ്രഹ്മാണ്ടാവുന്ന വൃക്ഷം വൃക്ഷം പോലെ ഒരുപോലെയാ ഇളക്കാൻ സാധ്യമാവുക എങ്ങനെയാ എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ലോകാലോകാലം ബ്രഹ്മ ാണ് ഞാൻ ദൂജനം ചെയ്യുക ലോകാലോകാലോ ലോകാലോകാലത്തിന്റെ നിന്ന് പരിവഹത്തായിട്ടുള്ള സപ്തമം ഭൂതിപൂരമാണ് ലോകാലോകം ലോകാലോകമാകുന്ന ആലവാലം ആലവാലം എന്ന് പറഞ്ഞ തടം ഏത് വൃക്ഷത്തിനും തടം ഉണ്ടാവും വൃക്ഷത്തിന്റെ വലുപ്പനുസരിച്ചാ എത്രത്തോളം വലിയ വൃക്ഷാണോ അതിനനുസരിച്ച് വേണം തടം അല്ലാതെ കണ്ട് വലിയ വൃക്ഷ ചെറിയൊരു തടയാൽ മതിയോ പോരാ വൃക്ഷം വയ്ക്കുമ്പോൾ തന്നെ കണക്കാക്കുന്നത് എത്രത്തോളം വരുക അല്ലേ പിന്നെ അടച്ച് ആ കടം മാറ്റാൻ പറ്റില്ല ഇതിനകത്ത് വൃക്ഷത്തിനെ സംരക്ഷിക്കാനും ധാരാളമായിട്ട് വെള്ളമൊഴിക്കാനും പിന്നീട്ടതല്ലേ ഇവിടെ ഈ ബ്രഹ്മമാകുന്ന വൃക്ഷത്തിനും തടണ്ട് വൃക്ഷം തന്നെ ലോകാലോ ലോകാലോകാവ ആ ലോകാലോകം അതാണ് ഇതിൻ്റെ തറായിട്ടുള്ളത് ലോകാലോക പർവ്വതം എന്നാണ് പറയാറ് ഇതാണ് പറയാകണം ലോകവും അലോകവുമായിട്ടുള്ള പർവ്വതം അതൊരു പർവ്വതമുള്ളൂ ഈ ബ്രഹ്മത്തെ ബ്രഹ്മാണ്ടത്തിൻ്റെ അതിർത്തിയിലുള്ളതാണ് ലോകം എന്ന് പറഞ്ഞാൽ ആദിത്യരശ്മി തട്ടണത് കാണാൻ സാധ്യമാവുന്നത് അലോകമെന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കാത്തതും ആദിത്യരശ്മി ബാധിക്കാത്തതും അതാണ് ലോക ആലോകം എന്ന് പറയുന്നത് ഒരു പുറത്ത് ആദിത്യരശ്മി തട്ടും മറ്റേ ഒരാൾക്ക് ആദ്യരശ്മി ആദിത്യരശ്മി കൂടി വ്യാപിക്കില്ല അങ്ങനെയുള്ളതാണ് ലോകാലോക പർവ്വതം അതാകുന്ന തടണം ഞാനീ ചെന്നിട്ട് ആ വൃക്ഷം പിടിച്ച ഒന്നങ്ങടെ ഇണക്കിയാൽ ആ തടം അവിടെ ഇളകും എന്ന് പറഞ്ഞാൽ ലോകാലോക പർവ്വതം അങ്ങനെ ഇളകും ആ തടം മുഴിഞ്ഞു പൊട്ടും പൊട്ടിയിട്ട് അടിയിൽ നിന്ന് ലോകാലോകാല പര്യവാഹ സപ്രാമാം ഭോതി പൂരം ഏഴ് സമുദ്ര ഉള്ളിലുള്ളത് ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ഉള്ളില് ഏഴ് സമുദ്രമാണ് ഉള്ളത് ആ സമുദ്രം മുഴുവൻ അങ്ങോട്ട് പ്രവാഹിക്കും ഒന്നിച്ചായിട്ട് തീരും ഏഴായിട്ടാണ് തിരിച്ചേക്കുന്നത് ഏഴ് ദ്വീപകള് ഏഴ് സമുദ്രങ്ങള് ഇങ്ങനെയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയണത് ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങടാണെങ്കിൽ ഒന്നിച്ചായിട്ട് തീരും എന്നിട്ട് പര്യവാഹ സപ്രാമാ ഏഴ് സമുദ്രങ്ങളും നന്നായിട്ട് തീർന്ന് അങ്ങനെ അതിലുള്ള വൈഭവനിക്കുണ്ട് താരെ ഒന്ന് ആലോചിച്ചു നോക്ക് ആലോചിച്ചാൽ ഇത് മനസ്സിലാവും അല്ലാണ്ട് പറയണോണ്ടും മുഴിയാൻ മനസ്സിലാവില്ല ഉള്ളിലൊരു സങ്കല്പം ഉണ്ടാവണം ബ്രഹ്മണ്ഡമാകുന്ന ഒരു വൃക്ഷം ആ വൃക്ഷത്തിന്റെ നാല് പുറമു ലോകാലോകപർവതമാകുന്ന തടം ആ വൃക്ഷം പിടിച്ചങ്ങടെ കടയോടെ ഇളക്കിയ കട അങ്ങടെ ഇളകനോട് പോയിട്ട് ഈ പർവ്വതങ്ങളൊക്കെ ഭേദിക്കും എന്നിട്ട് ആ അതിൻ്റെ ഉള്ളിലുള്ളത് ഏഴ് സമുദ്രങ്ങളും ഇളകി നാല് പുറത്തൊക്കെ അങ്ങോട്ട് പുറമേക്കും അല്ലേ തടയാനായ കൊണ്ട് ഒരാളെ കൊണ്ടും സാധ്യമാവില്ലാ അങ്ങനെ പർവ്വതം ഒന്ന് ആ വൃക്ഷം അങ്ങോട്ട് കിടക്കും പിന്നെയോ പിന്നെന്താ വ എന്നാണെങ്കിൽ അതിന് ശേഷം ഉണ്ടാവാൻ പോണത് ത്രൈലോക്യല്ലേ ആ ത്രൈലോക്യം മുഴുവൻ ഈ വിശ്വം ഇതിനെ കുറേ നിബന്ധനകളുണ്ട് സ്വർഗം ഭൂമി പാതാളം ഇങ്ങനെയല്ലേ ഇതിന് മാറ്റം വരുമ്പോൾ സംഭവിക്കും എന്താ അതൊരു സബ്കാമം ഭൂരി ഭൂരം വിശ്ലേഷിയാൽ പർവ്വകൽപ്പ തൃഭുവനം വിശ്ലേഷ്യത്താവും പർവ്വകൽപ്പമായിട്ടുള്ള ത്രിഭുവനം മൂന്ന് ലോകങ്ങളും ഇതിൻ്റെ സന്ധിബന്ധം രൂപപ്പെടുന്നു മൂന്ന് ലോകത്തിന്റെയും സന്ധി എന്നുവെച്ചാൽ സ്വർഗം ആകാശം അവിടെ ഭൂമി മധ്യത്തിങ്കില് പാതാളം താഴത്ത് അല്ലേ ഇതൊക്കെയൊരു മാറുന്നു എന്നിട്ട് എന്താ എല്ലാം കൂടി ഒന്നായിട്ട് തീരും സ്വർഗവും ഭൂമിയും പാതാളവും കൂടി എവിടെയാസ്സില്ലാതെ കണ്ടായിട്ട് തീരും ആകെ അഖിയാലാണോ ഉള്ളോ സ്വർഗം ചിലപ്പോൾ ചുവട്ടിലേക്ക് വരും പാതാളം ചിലപ്പോൾ മുകളിലേക്ക് പോകും അഖിലോത്ഘാത പാതാളം അഖിലവുമായി എല്ലാം തന്നെ ഉത്ഘാതമായിട്ട് തീരും മൂലം ഈ വൃക്ഷത്തിന്റെ മൂലം പാതാള അപ്പോ അത് ചിലപ്പോൾ മുകളിലേക്ക് ഇടവരും അഖിലോത് പാതാള മൂലം ഇത് പര്യസ്ത ആദിത്യ ചന്ദ്രതപകം പര്യസ്തമായിട്ട് തീരും ആദിത്യചന്ദ്രസ്ഥ ആദിത്യനും ചന്ദ്രനുമാകുന്ന സ്തപകം ഈ വൃക്ഷത്തിന്റെ മൂങ്ങലയായിട്ടുള്ളത് ആദിത്യനും ചന്ദ്രേനും ഈ വൃക്ഷം വളർത്തുമ്പോ എന്താണ്ടാവുക പര്യസ്തമാവും വീഴും എവിടൊക്കെയാ വീടാന്ന് വെച്ചില്ലാദിത്യം അത് ആ സ്ഥാനം തെറ്റി അവിടെ നിന്ന് ഉൾക്കോട്ട് വീഴും ഇന്ന് തന്നെ അല്ലൂരം അവപവതായിട്ടുള്ള ൂരിയായിട്ടുള്ള താരാപ്രസൂനത്തോടും താര നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളൊക്കെ വഴിയിൽ ഉൾക്കൊട്ടുന്നു എങ്ങനെ അനവഹീൻ്റെ നക്ഷത്രങ്ങളെ എത്രയാല്ല അക്ഷത്രങ്ങളാകുന്ന കുഷ്പങ്ങൾ അത് മുഴുവൻ ഉൾക്കൊട്ട് വീഴ്ത്തുന്നു ഇങ്ങനെ ഇന്ന് കാണുന്ന ഭൂമിയുടെ ലോകത്തിൻ്റെ വ്യവസ്ഥയില്ലേ ബ്രഹ്മണ്ഡത്തിൻ്റെ വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ മുഴുവൻ മാറുന്നു എന്നതേപോലെ അല്ലാണ്ടായിട്ട് തീരും അതാണ് പറയാനുള്ള കഹനം പോലെ അല്ലാണ്ട് അത് തീർക്കും ബ്രഹ്മാണ്ടം മുഴുവൻ ഞാൻ അളക്കി തീർക്കുന്നു അതിനുള്ള ശക്തി എനിക്കുണ്ട് വൈഭവ എനിക്കുണ്ട് ബ്രഹ്മാണ്ടം മുഴുവൻ അളക്കാനായിട്ട് അതുകൊണ്ട് എന്തിനു നിരീക്ഷിക്കുന്നു എന് ദുഷിക്കണോ ഈ നിസ്സാരനായിട്ടുള്ള ആള് അല്ലേ ഈ ഗ്രഹിക്കാനായിട്ട് എനിക്ക് എന്ത് പ്രയാസം ഇപ്പൊ ഞാൻ കഴിക്കും അതുകൊണ്ട് ഇപ്പൊ താമസം ഉണ്ടാവില്ല ഇപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞാ അതോട് കൂടിയിട്ട് അവന്റെ കഥ കഴിക്കും അതുകൊണ്ട് ദുഃഖിക്കണ്ടരേ എന്ന് ിപ്പിക്കാനായിട്ട് താര കേണോക്ക കേട്ടു കേൾക്കഴിഞ്ഞിട്ടും താരക്കു ഒരു മാറ്റവും ഇല്ല അതേ പോലെ ദുഃഖിക്കുമ്പോൾ കഴിക്കാം താരേ എന്തിനാ നിരൂക്ഷിക്കുന്നത് എന്താ എന്റെ ആവശ്യം ഞാൻ പറഞ്ഞില്ലേ എന്റെ വൈഭവം പ്രിയതമാൻ ടെ വൈഭവൊക്കെ നല്ല പോലെ അറിയാം പക്ഷേ അങ്ങക്ക് വല്ല ആപസ് വരുമോന്നുള്ള ഭയുണ്ട് സുഗ്രീവൻ ആദ്യ യുദ്ധത്തിനായിട്ട് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കാരണമുണ്ടാവും വെറുതെ അല്ല സുഗ്രീവൻ വന്നേക്കുന്നത് എന്ന് തന്നെയല്ല വേറെ ചെറുത് ഞാൻ കേൾക്കുണ്ടായി അതിബുദ്ധിമാനായിട്ടുള്ള ആള് എന്തിനും പ്രാപ്തനായിട്ടുള്ള ആളാണ് ഒരു സംശയവും ഇല്ല അല്ലോ എല്ലാത്തിന്റെ വൈഭവുണ്ട് അങ്ങനെയാണെങ്കിലും വേണ്ടില്ല അങ് നല്ല പോലെ ആലോചിക്കൂ അങ് എന്നട്ടേ അങ്ങ് പോകാവൂ എന്താ എന്താ ഇനി കാരണം എനിക്കിപ്പോ ആരോട് ആലോചിക്കാൻ ഒരാളോട് ആലോചിച്ചിട്ട് എന്താ ഞാൻ ഒരു കൃത്യത്തിന് പോവാറ് എന്തിനാലോചിക്കണോ ആലോചിക്കണം എന്താണ് ആലോചിക്കണം എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തീർക്കണ്ടായി പരമാർത്ഥാണോ ആ സുഗ്രീവന് സഹായികളായിട്ട് ചില ആളുണ്ട് സുഗ്രീവനെ സഹായിക്കാനായിട്ട് ഇത്രയും കാലം സുഗ്രീവനെ സഹായിക്കാനായിട്ട് ആരു ഒരാള് സഹായിക്കാൻ അതാണ് അവിടെ കിടന്നിരുന്നത് ഇപ്പോ സഹായവും സഹായിക്കാൻ ആളുണ്ട് എന്ന് കേട്ടു ഉണ്ണി ദേശത്തിന് സഞ്ചരിക്കുമ്പോളാണ് ഇത് പറഞ്ഞ കേട്ടത് സുഗ്രീവനെ സഹായിക്കാനായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട് എന്ന് ആരാണ് എന്ന് ആലോചിച്ചപ്പോളാണ് രണ്ട് ദാശരഥിമാര് ദശരഥന്റെ പുത്രന്മാരായിട്ടുള്ള രണ്ടാളുകളുണ്ട് സഹായിക്കാനായിട്ട് എന്ന് പറഞ്ഞ കേട്ടുണ്ടായി അവര് സുഗ്രീവിന് സഹായിച്ചോളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് ഗിരിമേ ദശരഥ മഹാരാജാവ് അതിജോഗ്യനായിട്ടുള്ള ആളാണല്ലോ ലോക ലോകരക്ഷാ വിശേഷണനായിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുത്രന്മാരായിട്ട് രണ്ടു പേര് രാമലക്ഷ്മണന്മാര് രാമൻ നിന്നും ലക്ഷ്മണൻ നിന്നും നാമധേജത്തോടു കൂടിയിട്ടുള്ള സഹായവും ോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത് അതാണ് ഈ രണ്ടു പേരുണ്ട് അതാണ് കാരണം അതുകൊണ്ടാണ് ൂ അതല്ലാതെ കണ്ട് പോകരുത് മന്ത്രിമാര് നയജന്മാരായിട്ടുള്ള ആളുകളാണ് അവര് ആരോ പറഞ്ഞു പരമാർത്ഥ ആയിക്കോട്ടെയാ അപ്പോ മന്ത്രിമാരോട് പറഞ്ഞ് അവരെ അന്വേഷിച്ച് പരമാർത്ഥാണോ എന്ന് മനസ്സിലാക്കി യുദ്ധത്തിനായിട്ട് പോണേനു വിരോധ ഇല്ല അവരോടു കൂടി ആലോചിച്ചിട്ട് ഔ അമ്മയെ പോലുള്ള ഒരാള് ബുദ്ധിമാനായിട്ടുള്ള ആള് ഒരു കാര്യത്തിന് നല്ലോണം ആലോചിക്കണം മന്ത്രിമാരും വിദഗ്ധന്മാരും ആയിട്ടുള്ള ആളുകളാണല്ലോ തൻ മഹാമതേ ലേ പ്രേതമൻ ആലോചിക്കാതെ കണ്ടു പോകരുതേ പത്ത് വര ആരട വരരുത് അതുകൊണ്ടാണ് പറയ പറയണത് എന്ന് ആരാ ഭാര്യ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് സുഗീവന് സഹായിക്കാനായിട്ട് ആളുണ്ടെന്നോ ആരവനെ സഹായിക്കണോ ഒരാള് സഹായിച്ചില്ല ഈ സഹായിക്കണെങ്കിൽ എന്തു വേണം അവനെ വല്ല പ്രയോജനം അല്ലേ ഈ കൊള്ളരകൊണ്ട് ആർക്ക് പ്രയോജനം ഉണ്ടാവുന്നു പിന്നെന്താ പറഞ്ഞ ദശരഥന്റെ പുത്രന്മാരെ അല്ലേ രാമലക്ഷ്മണന്മാരെന്ന് ഏയ് അവരും ഒരു പുറപ്പെടില്ല അവർ അക്രമമായിട്ടൊന്നും പ്രവർത്തിക്കില്ല രാമനും ലക്ഷ്മണനും ഇത് തന്നെയല്ല അവരോട് ഒരു വിരോധമില്ല ഒന്നും ചെയ്യാൻ അവരോട്ടില്ല അങ്ങനെയുള്ള ധർമ്മന്മാരായിട്ടുള്ള അവരാണ് അവര് അധർമ്മമായിട്ട് പ്രവർത്തിക്കില്ല വിരോധികളോടെ ഒരു യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു അതുകൊണ്ട് അവരാരും തന്നെ പിന്നെ സഹായിക്കണ്ടെന്നല്ലേ സഹായിച്ചോട്ടേക്ക് അരേ എന്റെ പരമാർത്ഥം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എനിക്ക് ലോകത്തിന്റെ ത്രൈരോഗ്യത്തിൽ തന്നെ ആര് തന്നെ അവനെ സഹായിക്കാനുണ്ടെങ്കിലും എന്റെ പരമാർത്ഥം തരേ നിന്നോടും ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തരയോട് പിന്നെയും പറയാൻ ുംണ്ണം ബൃംഭനാഥൻ ചെയ്തും കൊണ്ട് വർദ്ധിക്കുന്ന അവസരത്തുങ്ങൾ ബാലി യുദ്ധത്തിനായി കൊണ്ട് പുറപ്പെട്ട സമയത്തുങ്ങൾ താരയോട് ഓരോരോ വാക്കുകളെ പറഞ്ഞും കൊണ്ട് വർത്തിച്ചത് പ്രകാരമല്ല മിരിയെന്ന ഭഗവാൻ രാമ